നാളെ ഇവിടെ കൊടുക്കാൻ പോകുന്ന യജ്ഞപ്രസാദം അത് പുരുഷോത്തമ ദശകം അതിവിടെ എല്ലാവർക്കും ഒരു വായിക്കാൻ സൗകര്യത്തിന് ഒരു രണ്ടു പ്രാവശ്യമെങ്കിലും അത് വായിക്കണമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് വായിക്കാം സ്വാമി സ്വകീയമവലോകയ മാമഭീക്ഷണ പ്രേമാർ പരമയാതിദീനം കാളാഹി നകലലോകുജതിഭീതം ഭക്പുരുഷോത്തീനബന്ധോ ഈശപ്രസീത പരമേശ്വരതാഹാരിം സ്വാഹൃതി ജഹി ജഹീതി സദാ ദയം ച സഹദീക്ഷയു പുരുഷോത്തീനബന്ധോ ജാനേന ഹീനമതിഘോരവിതണ്ഡവാദം കാധനമേന ജമൂഢമുദ്ധി സംസാരമോഹജലധാവതിമുഹ്യമാനം ഭക്യാ പുരുഷോത്തീനബന്ധു നിാസ്തുധനദലോക വിഗർഹ്യർ സ്വാത്മന് പരേഷു ഗുണദോഷകഥ നിർവ വി പരമേശ്വര പാദപത്മേ ഭ പുരുഷോത്തീനബന്ധോ നിത്യേമതിർവമതിർ ജഡേ കി ചേതശ്ച ലോകവിഷയേഷു വിഗയുക്ത ീതോഷദ്വന്ദ്സമതാദക്ു പുരുഷോത്തീനബന്ധോ ആശാ വിഹാ വിഷയേഷു വിശോപമേഷു ബോധേ സ്വവിമേ ചരൂഢുദ്ധിം ജാനേ ചൈതരഹിതുമർശന ഭക് പുരുഷോത്തീനബന്ധോ ലീലാകണതാത്തിഹന്ത്രീ ശൃവൻസതൃദയു മുഖാത് സ്രവീ ധ്യയൻ വസാമി വിജനെ ഭഗവൻകൃപ്ധേ ഭക്തീ പുരുഷോത്തീനബന്ധോ തേജോമയം പരമശുദ്ധമതീതമാദ്യം ദഹ്രേ വസന്തമഹ ദ്രഷു ച സൂക്ഷ്മമനസീയ ൂപം ഭക്ുനീ പുരുഷോത്തീനബന്ധോ സത്സംഗതി സദനുഗേഷു ചിത്രം ഭക്വിഹീനമനുജോധരണേ ചത്ന ദ്വേഷോ നിന്ദകേഷു ചേക്കുറവൻ ഭക്പുരുഷോത്തീനബന്ധോ വിജനദാരധരാസു ലോകെ േഹ സ്വീയപരഭാവമർദന ഭൂതേഷുസമതീ പുരുഷോത്തീനബന്ധോ ഗോവിന്ദന സങ്കീർത്തനം ീകൃണത്പോപാസനമഭയതമർത്തേ മർസ്യർത്ത മേ വ്യവസരതി ഭയം യേന സർവാത്മനൈവത് പ്രണീതവിധീനസ്ഥിതോ മോഹമാർഗേ ധാവന്നപ്പവൃതക്ഷ മുക്തികന്ധമായ ദശമസ്കന്ധം നിരോധസ്കന്ധം ഏകാദശം മുക്തിസ്കന്ധം ദ്വാദശകന്ധം ആശ്രയസ്കന്ധം മുക്തിൽ ജ്ഞാനം അന്യഥഭാവം സ്വപേണ വ്യവസ്ഥിതി ആത്മാവിൽ നിന്ന് അന്യമായി എന്തെങ്കിലും ഉണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ നീക്കിയിട്ട് സ്വരൂപത്തിലിരിക്കലാണ് മുക്തി അല്ലാതെ മരിച്ചു കഴിഞ്ഞ് എവിടെയെങ്കിലും പോവണതല്ല പോണതൊക്കെ പിന്നെയും വരും പോക്കും വരവും ഇല്ലാതെ ഇവിടെയെ സ്വരൂപത്തിനെ ശരീരത്തിലുള്ളപ്പോ തന്നെ അറിയണം ആചാര്യസ്വാമികൾ പറഞ്ഞു ജീവന് എസ് കൈവല്യം വിദേഹേ സജകേവല ജീവതോ കൈവല്യം ജീവിച്ചിരിക്കുമ്പോ തന്നെ ആർക്ക് കൈവല്യമുണ്ടോ അവർ വിദേഹത്തിലും കേവലന്മാരായിരിക്കും ശരീരത്തിലുള്ളപ്പോ തന്നെ ബ്രഹ്മതത്വം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ബാക്കിയെല്ലാം എത്ര ഉയർന്ന ലോകങ്ങളാണെങ്കിലും എത്ര ശ്രേഷ്ഠമായ ലോകങ്ങളാണെങ്കിലും ആത്യന്തിക ദൃഷ്ടിയിൽ കൽപ്പന മാത്രം എല്ലാം പോക്കും വരവോ ഉള്ളതാണ് പുനരാവൃത്തി ഉള്ളതാണ് ആ ബ്രഹ്മഭുവനാ ലോകാഹ പുനരാവർത്തിനോർജുന മാമുപേത്യതു കൗന്തേയാ പുനർജന്മന വിദ്യത്തെ എന്നെ പ്രാപിച്ചാൽ പുനർജന്മമില്ല എന്നെ എന്ന് വെച്ചാൽ പിന്നെയും കൽപ്പിക്കരുത് അഹമാത്മാ ഗുഢാകേശ സർവഭൂതാശയ സ്ഥിത ഇവിടെ തന്നെ ഇപ്പൊ തന്നെ നമ്മളുടെ ഹൃദയ ഗുഹയിൽ ബോധവസ്തുവായി സാക്ഷിയായി ഭഗവാൻ പ്രകാശിക്കും നാരായണൻ പ്രകാശിക്കും സുവ്യക്തമായി ഇനി ഇതിൽ കൂടുതൽ വ്യക്തമായി പറയാൻ പറ്റില്ല അത്ര വ്യക്തമായിട്ട് നവയോഗി ഉപാഖ്യാനത്തിൽ പിപ്പലായനൻ എന്ന് യോഗീശ്വരൻ നാരായണൻ ആരാണ് എന്ന് പറഞ്ഞു നാരായണൻ പറയുന്നുവല്ലോ ആരാണ് ഈ നാരായണൻ എന്ന പരമാത്മാവ് എന്ന് രാജാവ് ചോദിച്ചു അതിനും പിപ്പലായനൻ പറഞ്ഞു ഇതിലും കൂടുതൽ ഇത് കഴിഞ്ഞിട്ടും ഞങ്ങൾ കൽപ്പന ചെയ്യും എന്ന് വെച്ചാൽ കൽപ്പന ചെയ്തോളുവാൻ കുഴപ്പമില്ല പക്ഷെ നാരായണ തത്വം സുവ്യക്തമായി പിപ്പലായനൻ എന്ന് യോഗീശ്വരൻ പറഞ്ഞു കൊടുത്തു സൃഷ്ടിസ്ഥിതി പ്രളയ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുഷു സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾക്ക് കാരണമായി യത്സ്വപ്ന ജാഗര സുഷുപ്തിഷു സത്ബിശ്ശേന്ദ്രിയ സഞ്ജീവിതേ പരം സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾക്ക് കാരണമായി ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നുള്ള മൂന്നവസ്ഥകൾക്കും സാക്ഷിയായിട്ട് ഏതൊരുത്തനുണ്ടോ ഉള്ളില് സദാ ആത്മവസ്തുവായി തള്ളാനും കൊള്ളാനും കഴിയാതെ അറിവ് മാത്രമായി ഞപ്തിമാത്രം എന്ന് മുജുകുന്ദൻ പറഞ്ഞില്ലേ ഞപ്തിമാത്രമായ ആ പരമപുരുഷൻ ഉള്ളില് ആത്മാവായി വസിക്കുന്നു സവൈന ദേവാസുരമർത്യതിര്യങ് ന പുമാൻ നോന ജന്തു നായം ഗുണ നാസൻ നിഷേധശേഷോ ജയതാദ് അശേഷ ഉപനിഷത്ത് തന്നെയാണ് ഭാഗവതം അപ്പോ അങ്ങനെ ആത്മവസ്തുവായി ഭഗവാൻ ഹൃദയത്തിൽ പ്രകാശിക്കുന്നു ബാക്കിയൊക്കെ ഈ വസ്തുവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വർണ്ണനയാണ് അതാണ് ആശ്ചര്യം ലോകം മുഴുവൻ ചുറ്റിയിട്ട് അവനവന്റെ അടുത്തേക്ക് വരണം ചെക്ക് പോസ്റ്റിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ച ഒരാളും കാളവണ്ടിയിലെ കള്ളക്കടത്ത് എവിടെയോ കാട്ടിൽ മേട്ടിലൊക്കെ ചുറ്റി അത്രയും രമണ മഹർഷി പറയണ ഒരു കഥയാണ് ആത്മാവിനെ വിട്ടിട്ട് വേറെ എന്തിനെങ്കിലുമൊക്കെ പിടിച്ചിട്ട് അവസാനം എളുപ്പ വഴിയും ഉണ്ടെന്ന് പറഞ്ഞ ആളുകൾ ചുറ്റും ചുറ്റി ചുറ്റി അവസാനം നോക്കുമ്പോൾ അവസാനം തന്നിലേക്കേ വരണ്ടി വരും ആത്മാവിലേക്കേ വരണ്ടി വരും അതിന് മഹർഷി പറഞ്ഞൊരു കഥയാണ് കാളവണ്ടിയിൽ ഒരാൾ ചുറ്റി ചുറ്റി ചുറ്റി ചുറ്റി ചുറ്റി ചുറ്റി അവസാനം വണ്ടിക്കാരന് ഉറങ്ങിപ്പോയി ചെക്ക് പോസ്റ്റിൽ കടക്കാതെ പുറത്തു പോവാൻ നോക്കിയതാണ് കുണ്ടിലും കുഴിയിലുമൊക്കെ പെട്ട് എവിടെയൊക്കെയോ കാട്ടിലൊക്കെ കുടുങ്ങി അവസാനം ഇയാൾ ഉറങ്ങിപ്പോയി കാളയ്ക്ക് ഒരു വഴിയേ അറിയുള്ളൂ നേരം വിളിക്കുമ്പോൾ ചെക്ക് പോസ്റ്റിന്റെ അവിടെ വന്ന് നിൽക്കുന്നു അതുപോലെ എവിടെയൊക്കെ ലോകത്തിൽ ചുറ്റിയാലും അവസാനം തന്നിലേക്ക് വരേണ്ടി വരും അപ്പോ പിന്നെ എന്താണ് ഇത്രയൊക്കെ കഥകളും വർണ്ണനകളും ഒക്കെ പറഞ്ഞത് ഇതിന്റെയൊക്കെ ആവശ്യം എന്താണ് ഇത്രയൊക്കെ കഥകൾ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ മനുഷ്യർക്ക് ചിലപ്പോ എളുപ്പമാണെങ്കിലും ബുദ്ധിയിൽ കാലുഷ്യം ഉള്ളത് എളുപ്പമായ വസ്തു പറഞ്ഞാൽ പിടികിട്ടില്ല പ്രഹ്ലാദൻ പറഞ്ഞു എളുപ്പം എന്ന് പറഞ്ഞു നഹി അച്യുതം പ്രണയത്തോ ബഹു ആത്മത്വാ സർവഭൂതാനാം സിദ്ധത്വാദിഹ സർവത അച്യുതൻ ആത്മാവാണ് സിദ്ധമായ വസ്തു ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പ്രഹ്ലാദം പക്ഷെ ആത്മാ എന്ന് പറഞ്ഞാൽ എന്താണ് ശരീരമേ താനെന്ന് ധരിച്ചിരിക്കുന്ന ആൾക്ക് ആത്മാ എളുപ്പമാണെങ്കിലും വളരെ സിദ്ധമായ വസ്തുവാണെങ്കിലും എല്ലാവരുടെ ഉള്ളിലും സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അതൊന്നു മാത്രമേ അറിയപ്പെടുന്നു ബാക്കിയൊന്നും അറിയപ്പെടുന്നതല്ല സ്വയം അറിയപ്പെടുന്ന വസ്തു ആത്മാത്രം എന്നിട്ടും ആത്മാവിനെ അറിയണില്ല എന്ന് പറയണം അറിയണില്ല എന്ന് പറയാൻ പോലും ആത്മചചേതന കൊണ്ട് തന്നെ പറയണം എനിക്ക് അറിയണില്ല എന്ന് പറയണതും ഈ മൈക്ക് പറയില്ലല്ലോ എത്ര പ്രഭാഷണം കേട്ടുകഴിഞ്ഞു അദ്ദേഹത്തിന്റെ മൈക്ക് അതൊരിക്കലും ഒരു ഡൌട്ട് ചോദിച്ചിട്ടില്ല എൻ്റെ അടുത്ത് ഒന്നും മനസ്സിലായില്ല എന്നും പറഞ്ഞില്ല മനസ്സിലായി എന്നും പറഞ്ഞില്ല എന്താന്ന് വെച്ചാൽ ജഡം അതിന് മനസ്സിലായി എന്നും അറിയില്ല മനസ്സിലായില്ല എന്നും അറിയില്ല അപ്പൊ ഒരാൾ മനസ്സിലായില്ല എന്ന് പറഞ്ഞാലും അതിനർത്ഥം മനസ്സിലായി തന്നെയാണ് എന്താന്ന് വെച്ചാൽ മനസ്സിലായില്ല എന്ന് പറയണമെങ്കിലും ചേതനയ്ക്ക് പറയാൻ പറ്റുള്ളൂ ജഡത്തിന് പറയാൻ പറ്റില്ല അപ്പൊ മനസ്സിലായി മനസ്സിലായില്ല ഇതൊക്കെ വെറും മാനസികമായ വ്യാപാരങ്ങൾ മനസ്സിലാകലും മനസ്സിലാകാതിരിക്കലും ഒക്കെ അതാണ് നമ്മുടെ നാരായണത്ത് പ്രാന്തൻ മനസ്സിലായില്ല മനസ്സിലായില്ല മനസ്സിലായില്ല എന്ന് പാടിക്കൊണ്ട് നടക്കും അത്ര കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി എന്താ ഭ്രാന്തരെ കുറച്ചു ദിവസമായിട്ട് മനസ്സിലാവണില്ല മനസ്സിലാവണില്ല എന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ എന്താ മനസ്സിലായത് അല്ല ആത്മതത്വം വിചാരണ ചെയ്തു നോക്കുകയായിരുന്നു അപ്പോ അതാണ് മനസ്സിലായില്ല മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് ഇപ്പൊ മനസ്സിലായിരുന്നു അല്ല അത് മനസ്സിലാവില്ല എന്ന് മനസ്സിലായിരുന്നു വളരെ സൂക്ഷ്മമാണ് മനസ്സിലാവില്ല എന്ന് മനസ്സിലായി എന്ന് വെച്ചാൽ മനസ്സുകൊണ്ടല്ല ആത്മാവിനെ പിടിക്കണത് ആത്മാവൊഴിച്ചുള്ള വസ്തുക്കളെയൊക്കെ മനസ്സുകൊണ്ട് പിടിക്കാം മനസ്സുകൊണ്ട് എന്തിനെയൊക്കെ പിടിക്കാമോ അതൊക്കെ അശുദ്ധം സത്യത്തിനെ ഒരിക്കലും മനസ്സുകൊണ്ട് അറിയാൻ പറ്റില്ല മനസ്സുകൊണ്ട് അറിയപ്പെടുന്നത് ഒന്നും സത്യമല്ല ഇതെന്റെ വാക്കല്ല ഭഗവാന്റെ വാക്ക് ഉദ്ധവർക്ക് ഉപദേശിക്കുമ്പോ ഭഗവാൻ പറഞ്ഞു ഉദ്ധവാചോദിതം തത് അനിർത്തം മനസ്സാധ്യാതമേ ഉദ്ധവ മനസ്സുകൊണ്ട് എന്തിനെയൊക്കെ പിടിക്കപ്പെടുന്നുവോ അതൊക്കെ ശുദ്ധമേ കള്ളം എന്നാണ് ഔ മനസ്സുകൊണ്ട് പിടിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെ അറിയും മനസ്സ് ലയിച്ച് കിടക്കുമ്പോ പോലും സുഖമായിരുന്നു എന്ന് രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഉറങ്ങി എഴുന്നേറ്റിട്ട് പറയണമല്ലോ മനസ്സോ ലയിച്ചു കിടന്നു രാവിലെ എഴുന്നേറ്റിട്ട് പറയണോ സുഖമായിരുന്നു മനസ്സുകൊണ്ട് വലതും ഭാവന ചെയ്തു ഏ എന്തെങ്കിലും കണ്ടുവോ ഇല്ല രുചിച്ചുവോ ഇല്ല സ്പർശിച്ചുവോ ഇല്ല എന്നിട്ടും സുഖമായിരുന്നു അപ്പൊ ആ സുഖം എവിടുന്ന് വന്നു നൈതന് മനോവിശതിവാകുത ചുരാത്മാ പ്രാണേന്ദ്രിയഥാ അനലം അർച്ചിഷ സ്വാ ശബ്ദോപി ബോധകനിഷേധതയാത്മമൂലം അർത്ഥോക്തമാതിരി നിഷേധസി നൈതൻ മനഹ വിശതി വാഗ് ഉദു ആത്മാസോ മനസ്സോ വാക്കോ ഇന്ദ്രിയങ്ങളോ വസ്തുവിനെ പിടിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് എന്ന് വച്ചാൽ അഗ്നിയിൽ നിന്ന് പുറപ്പെടുന്ന സ്ഫുലിംഗങ്ങളെ പോലെ ആത്മാവിൽ നിന്ന് പുറപ്പെടുന്ന വെറും സ്ഫുലിംഗങ്ങളാണ് മനസ്സ് ഇന്ദ്രിയങ്ങളൊക്കെ സ്ഫുലിംഗങ്ങൾക്ക് അഗ്നിയെ അറിയില്ല അഗ്നിക്ക് സ്ഫുലിംഗങ്ങളെ അറിയാം അഗ്നിയുടെ ഒരു വെറും ഒരു സ്പാർക്കാണ് ഈ മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ അതുപോലെ ബോധത്തിൽ നിന്നും പൊന്തുന്ന വെറും സ്പുലിംഗങ്ങൾ തീപ്പരികളാണ് ഈ മനസ്സും ഇന്ദ്രിയങ്ങളും ശരീരവും പ്രപഞ്ചവും ഒക്കെ ബോധം അഥവാ ചൈതന്യം സാന്ദ്രാനന്ദ അവബോധം ഇതുകൊണ്ടൊന്നും ബാധിക്കപ്പെടാതെ നിൽക്കും ആനന്ദ അവബോധത്തിൽ നിന്നും പൊന്തുന്ന വെറും തീപ്പൊരികളാണ് വിസ്ഫുലിംഗങ്ങളാണ് ഇതൊക്കെ അതാണ് യഥാ അനലം അർച്ചിഷസ്വാഹ അർച്ചിസുകൾ നാളങ്ങള് നാളങ്ങളാണ് ഈ മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ യഥാർത്ഥ അഗ്നിയോ ആത്മാ ആത്മാവുള്ളത് കൊണ്ട് ഞാൻ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയണു എന്ത് അദ്ഭുതം വസ്തു ഏറ്റവും അടുത്തിരിക്കണു ലോകം മുഴുവൻ തരയണു കയ്യിൽ പായസം വെച്ചിട്ട് വിശക്കണു വിശക്കണു എന്ന് പറയണ പോലെ വസ്തു ഏറ്റവും അടുത്തിരുന്നിട്ട് എവിടെ കിട്ടും എവിടെ കിട്ടും എവിടെ കിട്ടും എവിടെ പോയാൽ കിട്ടും എന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് സകലടത്തും തിരഞ്ഞു നടക്കാണ് തമിഴിൽ ഒരു സിദ്ധർ പാടി ഓടി ഓടി ഓടി ഓടി ഉത്കളന്ത ജ ജ്യോതിയെ നാടി നാടി നാടി നാടി നാൾക്കളെ കഴിന്തുപോയി േടി തേടി തേടി തേടി മാണ്ടുപോന മാന്തുകൾ കോടികോടി കോടികോടി എണ്ണിറന്ത കോടിയെ എല്ലാവരുടെ ഉള്ളിലും ഉൾകലന്ത ജ്യോതിയെ എല്ലാവരുടെ ഹൃദയത്തിലും കലർന്നുപോയ ആത്മാവാകുന്ന ജ്യോതിസിനെ തേടി തേടി തേടി തേടി ഓടി ഓടി സകലടത്തും ഓടി എവിടെ കിട്ടും എവിടെ കിട്ടും ഏത് പുസ്തകത്തിൽ കിട്ടും എന്ത് സാധന ചെയ്താൽ കിട്ടും എന്തൊക്കെ ചെയ്താൽ കിട്ടും എന്ന് വാദിച്ചും ഷണ്ടകൂടിയും തെരഞ്ഞും ആ സിദ്ധൻ കരുണ കൊണ്ട് പറയുകയാണ് അദ്ദേഹം പറയണത് കോടിക്കോടി കോടിക്കോടി മാന്തരകൾ എന്ന് വെച്ചാ മനുഷ്യർ കോടിക്കോടി മനുഷ്യര് മാണ്ടുപോയി ചത്തുപോയി എന്നാണ് അന്വേഷിച്ച് അന്വേഷിച്ച് കിട്ടാതെ ചത്തുപോയി എന്താന്ന് വെച്ചാൽ കയ്യിൽ വെച്ചുകൊണ്ടാണ് തെരയണതേ മൂക്കത്ത് കണ്ണാട വെച്ചുകൊണ്ട് കണ്ണട എവിടെ കണ്ണട എവിടെയും തെരയണ പോലെ ബോധത്തിൽ ഇരുന്നു കൊണ്ട് ബോധമെവിടെ ബോധം എവിടെ ബോധം എവിടെയും തെരയൂ ലോകത്തിലുള്ള വസ്തുക്കളെയൊക്കെ മനസ്സുകൊണ്ട് പിടിക്കാം നമ്മളല്ലാത്ത വിഷയങ്ങളെയൊക്കെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാം പക്ഷെ നമ്മളെ മനസ്സുകൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ഗ്രഹിക്കാൻ പറ്റില്ല മനസ്സും ഇന്ദ്രിയങ്ങളും അടങ്ങിയിരുന്നാൽ സ്വയമേവ ജ്വലിക്കും സ്വയമേവ പ്രകാശിക്കും മനസ്സും ഇന്ദ്രിയങ്ങളും അടങ്ങിയാൽ അത് പ്രകാശിക്കും മനസ്സും ഇന്ദ്രിയങ്ങളും പ്രവർത്തിച്ചാൽ അത് മറയും യഥാ പഞ്ചാവതിഷ്ഠന് മനസാസഹ ബുദ്ധിശ്ചന വിജേഷ്ടഹു പരമാതിയും അതിന്റെ ചേഷ്ട നിർത്തി ഇന്ദ്രിയങ്ങളും അതിന്റെ ചേഷ്ട നിർത്തി എല്ലാം അടങ്ങുമ്പോൾ സ്വരൂപം സ്വയമേവ ജ്വലിക്കുന്നു പ്രകാശിക്കും അപ്പൊ അങ്ങനെ സ്വരൂപപ്രകാശത്തിന് പുറത്തന്വേഷിച്ചന്വേഷിച്ച് നടന്നു അപ്പൊ ഈ നാരായണൻ എല്ലാവരുടെ ഉള്ളിലും ആത്മവസ്തുവായി പ്രകാശിക്കുന്നു അപ്പൊ ഇത്ര അടുത്തിരിക്കണം ഇത്ര അടുത്തിണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് അറിയുന്നില്ല എന്ന് വെച്ചാൽ ബുദ്ധിയിലും മനസ്സിലും കുറെ കളങ്കങ്ങളുണ്ട് ബുദ്ധിയിലും മനസ്സിലും കുറെ കളങ്കങ്ങളുണ്ട് മലമുണ്ട് ആ മലമൊക്കെ നീങ്ങിക്കിട്ടണം അഹങ്കാരമാവുന്ന മലം കാമക്രോധാദികളാവുന്ന മലം ഇതൊക്കെ നീങ്ങുമ്പോ വസ്തു വ്യക്തമായി പ്രകാശിക്കും അതിനാണ് ഭക്തിസാധന ഭക്തി അതിനാണ് ഭക്തി ആരംഭത്തിലുള്ള ഭക്തി സാധനാഭക്തി ചിത്തശ്രുദ്ധിക്ക് പരാഭക്തി ജ്ഞാനത്തിന് ശേഷവും ഉള്ള ഒഴുക്ക് ചിത്തത്തിന്റെ ഒഴുക്ക് പരമാത്മാബലി അപ്പോ യർജനപചരണേഷണയോ ഭക്ത ചേത്തോമലി വിധമേത് ഗുണകർമ്മജ തസ്ൻ വിശുദ്ധ ഉപലഭ്യത ആത്മ താത്യഥാമല ദൃശോ സവിതൃ പ്രകാശ സൂര്യൻ ആകാശത്ത് പ്രകാശിച്ചിരിക്കുന്നു കണ്ണ് രണ്ടും അടച്ചുപിടിച്ചിട്ട് കാണാനില്ല കാണാനില്ല എന്ന് പറഞ്ഞാൽ ആർക്കെന്ത് ചെയ്യാൻ പറ്റും കൈയെടുത്ത് നോക്കൂ സൂര്യൻ ചോലിക്കണു കാണാം യഥാ സവിതൃപ്രകാശ സൂര്യപ്രകാശം അതുപോലെ ആത്മസൂര്യൻ സദാ പ്രകാശിച്ചുകൊണ്ടേ ഇരിക്കണു നമ്മൾ നോക്കണില്ല അല്ലെ സൂര്യൻ അവിടെ ഉണ്ട് രാവിലെ എഴുന്നിട്ട് എത്ര പേര് സൂര്യനെ നോക്കിയിട്ടുണ്ട് ചൂട് കൂടി എന്നൊക്കെ നമ്മൾ പറയും ഭയങ്കര ചൂട് എന്നൊക്കെ പറയും പക്ഷെ സൂര്യനെ ശ്രദ്ധിക്കില്ല അല്ലെ അതേപോലെ ആത്മസന്നിധിയിൽ എല്ലാ പ്രവൃത്തിയും ചെയ്യണു ആത്മാവിനെ ശ്രദ്ധിക്കണേ ജ്ഞാനത്തിന് സാധനയല്ല വേണ്ടത് ജ്ഞാനത്തിന് ശ്രദ്ധ സാധനാവാൻ ലഭതേജ്ഞാനം എന്ന് ഭഗവാൻ പറഞ്ഞില്ല ശ്രദ്ധാവാൻ ലഭതേജ്ഞാനം ശ്രദ്ധ എന്ന് വെച്ചാൽ പുറമേക്ക് അലഞ്ഞുകൊണ്ടേയിരിക്കുന്ന ദൃഷ്ടി പതുക്കെ ഒന്ന് സ്വരൂപത്തിലേക്ക് നോക്കണം പുറമേക്ക് അലഞ്ഞുകൊണ്ടേയിരിക്കുന്ന ദൃഷ്ടി ദൃഷ്ടി ദൃഷ്ടിയായി ദൃഷ്ടിയിൽ നിൽക്കണം ദൃഷ്ടിയെ ആത്മാവിന്റെ സ്വരൂപം കാണുന്നവൻ കാഴ്ചകളെയൊക്കെ വിട്ട് കാണുന്നവൻ കാണുന്നവനിൽ നിൽക്കണം എല്ലാത്തിനെയും കാണുന്ന ഞാൻ ആര് ഈ പ്രപഞ്ചമൊക്കെ ദൃശ്യം ദൃശ്യത്തിനെ കാണുന്ന ഞാൻ ആര് എല്ലാ ദൃശ്യങ്ങളും ഞാൻ എന്നാൽ കാണപ്പെടുന്നു ഈ കാണുന്ന ഞാൻ ആരാണ് ഈ ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്തോ ഒന്ന് സ്ഫുരിക്കുന്നുണ്ടല്ലോ അതുമാത്രം ബാക്കിയുള്ള ഒരു വസ്തുക്കളുടെയും സഹായമില്ലാതെ അറിയപ്പെടുന്നു അതുകൊണ്ട് അതിന് സ്വപ്രകാശം എന്നു പേര് സ്വപ്രകാശമായിട്ട് സൂര്യൻ സ്വപ്രകാശമല്ല ചന്ദ്രൻ സ്വപ്രകാശമല്ല വിളക്ക് സ്വപ്രകാശമല്ല ഈ മൂന്നെണ്ണത്തിനാണല്ലോ നമ്മൾ പ്രകാശം പറയുന്നത് ഈ മൂന്നും സ്വപ്രകാശമായ വസ്തുക്കളല്ല ഞാൻ നോക്കിയാലേ സൂര്യൻ അറിയുള്ളൂ സൂര്യൻ ഞാൻ നോക്കണം എന്നാലേ സൂര്യൻ പ്രകാശിക്കുള്ളൂ ഞാൻ നോക്കിയാലേ സൂര്യന്റെ വെളിച്ചമുണ്ടെങ്കിലും ഉണ്ട് എന്ന് പറയാനൊരാൾ വേണോടെ കണ്ണില്ലാത്തവന് സൂര്യപ്രകാശം അറിയപ്പെടുന്നില്ല സ്വയമേവ ആരുടെയും സഹായം കൂടാതെ അറിയപ്പെടുന്ന ഒരേ ഒരു വസ്തുവേ അനുഭവമണ്ഡലത്തിലുള്ളൂ ഇവിടെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് ഇരുട്ടാക്കിയാൽ നമുക്ക് ഉറപ്പായിട്ട് അറിയുന്ന ഒരേ ഒരു കാര്യമുണ്ട് ഞാനുണ്ട് ബാക്കിയൊന്നും പറയാൻ വയ്യ അടുത്തുള്ളവരൊക്കെ എഴുന്നേറ്റ് പോയാൽ അറിയില്ല ആരൊക്കെ വന്നാലും അറിയില്ല പോയാലും അറിയില്ല ഞാൻ ഉണ്ട് എന്നുള്ളത് നല്ലവണ്ണം അറിയാം അത് ശരീരമുണ്ട് എന്നല്ല അറിയണമെങ്കിലും ഇന്ദ്രിയം വേണം ശരീരം ഉണ്ടെന്നല്ല ഞാനുണ്ടെന്നറിയാം നമ്മളെ ഒരു ഓപ്പറേഷൻ ചെയ്ത് കൈകാലമൊക്കെ ആംബ്യൂട്ട് ചെയ്ത് എടുത്താൽ അതിന്റെ വേദനയൊക്കെ മാറിയിട്ട് ഒരു ഇരുട്ടു മുറിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ബോധം വന്നു വെച്ചാൽ വേദനയൊക്കെ മാറിക്കഴിഞ്ഞു ഒരു ഇരുട്ടു മുറിയിലാണ് ഇരിക്കണത് ബോധം വന്നു എന്ന് നമുക്ക് കൈയില്ല അല്ലെങ്കിൽ കാലില്ല എന്നറിയില്ല ഉപയോഗിക്കാൻ ശ്രമിച്ചാലേ അറിയുള്ളൂ ഓ അത്രേ അതുമായിട്ട് ബന്ധമുള്ളൂ ഇതൊന്നും തന്നെ സ്വപ്രകാശമല്ല സ്വയമേവ ഉണ്ട് എന്ന് അറിയപ്പെടുന്ന ഒരേ ഒരു വസ്തു ആത്മാത്രം എല്ലാവർക്കും അറിയുന്നു എല്ലാവരും അറിയണം പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല അതാണ് ഏറ്റവും അടുത്തുണ്ട് ശ്രദ്ധിക്കുന്നില്ല ഞാനുണ്ട് ഞാനുണ്ട് ഞാനുണ്ട് എന്ന് പറയണു പക്ഷെ ഞാൻ എന്നുള്ളതിനെ ആർക്ക് നിഷേധിക്കാൻ കഴിയും ഈശ്വരൻ ഇല്ല എന്ന് വേണമെങ്കിൽ യുക്തിവാദം പറയാം താൻ താനല്ലാത്ത വസ്തുക്കളെയൊക്കെ ഇല്ല ഇല്ല നിഷേധിക്കാം പക്ഷെ ആർക്ക് തന്നെ നിഷേധിക്കാൻ കഴിയും ഞാനില്ല എന്നാരെങ്കിലും പറയോ എല്ലാവർക്കും ഞാനുണ്ട് എന്നാണ് അനുഭവം അപ്പൊ ഈ ഉണ്ട് എന്ന് അനുഭവപ്പെടുന്ന താനുണ്ടല്ലോ അത് തന്നെ പരമാത്മവസ്തു അതിന്റെ യഥാർത്ഥ സ്വരൂപം കണ്ടെത്തിയാൽ അത് ശരീരമല്ല അത് മനസ്സല്ല അത് ബുദ്ധിയല്ല അത് അഹങ്കാരമല്ല അത് ജീവനല്ല അത് പ്രപഞ്ചത്തിനു മുഴുവൻ ആധാരമായിട്ടുള്ള ബോധവസ്തു ആധാരശക്തിക്കും ആധാരമായിട്ടുള്ള ബോധവസ്തു ശക്തി ചലനം പോലും അതിലാണ് ഏർപ്പെടുന്നത് അതിൽ ചലനം ഏർപ്പെടുമ്പോ സൃഷ്ടിയൊക്കെ നടക്കുന്നു ചലിക്കാതെ നിൽക്കുമ്പോ അതുവേ ബ്രഹ്മം അപ്പോ ഇതാണ് ഭാഗവതത്തിന്റെ സാരം ചതുശ്ലോകി ഭാഗവതം എന്ന് പറയുന്നത് അഹമേവാസമേവാഗ്രെ ആ അഹം എന്നുള്ളത് എന്താ അഹം എന്നുള്ളത് ആരാ പരമാത്മാ നമ്മള് പറയുന്നു ഇപ്പൊ ഭട്ടതിരി വിഷ്ണു മഹത്വം ഒക്കെ സ്ഥാപിച്ചു തൊണ്ണൂറാമത്തെ ദശകത്തില് അവിടെ വിഷ്ണു എന്ന് പറഞ്ഞ് ഇത്രയൊന്നും പാടുപെടേണ്ട ആവശ്യമില്ല എന്ന് തോന്നും ബ്രഹ്മം തന്നെയാണ് ഈശ്വരൻ പരമ ഈശ്വരൻ ദേവത രണ്ടേ ഉള്ളൂ ഗീതാ മതം എടുത്താൽ ഈശ്വരൻ ദേവത ഭഗവാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തിനെ വേണമെങ്കിലും ദേവതയായിട്ടും ഉപാസിക്കാം ഈശ്വരനായിട്ടും ഉപാസിക്കാം ഈശ്വരൻ എന്നുപാസിച്ചാൽ അതായത് ബ്രഹ്മം പരമാത്മ എന്നുപാസിച്ചാൽ അത് മുക്തിക്ക് മാർഗം ദേവതാ എന്ന് ഉപാസിച്ചാൽ എന്ത് ഭാവന ചെയ്തുവോ ആ ലോകത്തിൽ പോയിട്ട് തിരിച്ചു വരും ഭാവനയ്ക്കനുസരിച്ച് സൃഷ്ടിക്കപ്പെടും ബ്രഹ്മത്തിനെ എന്തു ഭാവന കൊണ്ട് ഉപാസിച്ചുവോ ആ ഭാവന പ്രത്യക്ഷപ്പെട്ട് അതാത് ലോകത്തിൽ പോയിട്ട് തിരിച്ചു വരേണ്ടി വരും അതേസമയം പരമാത്മ ഉപാസിച്ചാലോ അത് പരിപൂർണമായോ മുക്തിക്ക് കാരണമായിട്ട് തീരും ദേവതാ ആവശ്യമില്ല യാതൊരു ദേവതാഭേദവും ആവശ്യമില്ല ഏത് ഭാവത്തിലും പരമാത്മാവിനെ ഉപാസിക്കാം എല്ലാവർക്കും അവരവരുടെ ഇഷ്ടം വലുത് എല്ലാവർക്കും അവരവരുടെ ഇഷ്ടദേവത വലുത് പക്ഷെ അറിഞ്ഞോളണം ഇതൊക്കെ തന്നെ ആ പരമാത്മാവിന്റെ സ്വരൂപമാണ് ശൈവന്മാരുടെ പഞ്ച ഭാവങ്ങളെ എടുത്ത് ഇവിടെ പറഞ്ഞു തൊണ്ണൂറാമത്തെ ദശകത്തിൽ ശിവപഞ്ചകം എന്ന് പറഞ്ഞിട്ട് എടുത്ത് പറഞ്ഞു തൊണ്ണൂറാമത്തെ ദശകത്തില് ആ ശിവപഞ്ചകം എന്താണെന്ന് വച്ചാൽ ലളിതാ സഹസ്രനാമത്തിൽ വരുന്നു സൃഷ്ടികർത്തി ഗോപ്ത്രി ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രൂപ തിരോധാനകരി ഈശ്വരി സദാശിവ അനുഗ്രഹത പഞ്ചകൃത്യ പാരായണ പഞ്ചകൃത്യമാണ് ഈശ്വരന് പഞ്ചകൃത്യം ഈ പഞ്ചകൃത്യത്തിൽ സൃഷ്ടി ചെയ്യുമ്പോൾ ബ്രഹ്മാവും സ്ഥിതി ചെയ്യുമ്പോ വിഷ്ണുവും സംഹാരം ചെയ്യുമ്പോ രുദ്രനും രക്ഷിക്കുമ്പോ അതായത് തിരോധാനം ചെയ്യുമ്പോൾ ഈശ്വരനും രക്ഷിക്കുമ്പോ അനുഗ്രഹിക്കുമ്പോ മോക്ഷമാർഗത്തിൽ അനുഗ്രഹിക്കുമ്പോ സദാശിവൻ അപ്പൊ സദാശിവതത്വം എന്ന് പറയണത് ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിലാണ് അവർ പറഞ്ഞത് ഔപനിഷമായ ബ്രഹ്മം മുക്തിമാർഗത്തിനുള്ള വഴിയാണ് സദാശിവതത്വം എന്ന് പറഞ്ഞത് ബട്ടതിരി അതെടുത്ത് ഇവിടെ പറഞ്ഞു സദാശിവൻ എന്ന് ഏതൊന്നിനെയാണോ ശൈവന്മാര് പറയണത് ആ സദാശിവൻ ഗുരുവായൂരപ്പ അവിടെ നിന്നല്ലാതെ ഇത്രയും അറിഞ്ഞാൽ അതിൽ കൂടുതൽ ഇനിയൊന്നും അപ്പൊ അവിടെ സദാശിവൻ എന്ന് അവരാരെ പറയണു അതിനെ തന്നെയാണ് നമ്മളിവിടെ ഗുരുവായൂരപ്പൻ എന്നും വിഷ്ണു എന്നും നാരായണൻ എന്നും പറയുന്നത് അതിൽ പിന്നെയും വ്യൂഹം പറഞ്ഞു വൈകുണ്ഠസ്ഥനായ വിഷ്ണുവാണ് അവിടെ ഈശ്വരപഥത്തിന് അർഹനായിട്ടുള്ളത് ബാക്കി ത്രിമൂർത്തികൾ മുഴുവനും ഈ സത്യലോകത്തിലുള്ള സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ ചെയ്യുന്നവരാണെന്ന് പറഞ്ഞു ഞാൻ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കണില്ല നിങ്ങൾക്ക് പാപം വായിച്ചുകൊണ്ടിരിക്കുന്നു നാരായണിയും പക്ഷെ ഭട്ടത്തിരി ഇങ്ങനെയൊക്കെ പറഞ്ഞു കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അവിടെ അവിടെ ഇത്രയൊന്നും സ്ഥാപിക്കാൻ വിഷമിക്കാൻ ഭാഗവതത്തിലായാലും അതെ ഏത് ഗ്രന്ഥത്തിലായാലും അതെ രണ്ടേ രണ്ട് ഭാവമേ ഉള്ളൂ ഒന്നിൽ ഈശ്വരഭാവം ബ്രഹ്മം എന്നുള്ള ഭാവം അല്ലെങ്കിൽ ദേവത എന്നുള്ള ഭാവം ബ്രഹ്മം എന്നുള്ള ഭാവത്തിൽ നോക്കിയാൽ മുക്തി ദേവത എന്നുള്ള ഭാവത്തിൽ നോക്കിയാൽ അത് ലോകപ്രാപ്തി അതാണ് ദേവാൻ ദേവയജോ യാന്തി മദ്ഭക്താഹ യാന്തി മാമപി ദേവന്മാർ ദേവൻ എന്നുള്ള ഭാവത്തോട് പൂജിച്ചാൽ ദേവലോകത്തിൽ പോകും മദ്ഭക്താഹ എന്നുള്ളതിന് അർത്ഥം പരമാത്മാ എന്നുള്ള ബുദ്ധിയോട് അതായത് പരമാത്മാ എന്ന് വച്ചാൽ അതല്ലാതെ വേറെ ഒന്നുമില്ലെന്നറിയണം അല്ലാതെ പരമാത്മാ എന്ന് വെറും ഒരു വാക്കിന് പരമാത്മാർത്ഥമില്ല പരമാത്മാ എന്നൊരു വാക്ക് നമുക്കല്ലേ പരമാത്മാ പരമാത്മാ വെറും ഭാഷയല്ലേ വാക്കല്ലേ പരമാത്മാ എന്നുള്ള വാക്ക് പരമാത്മാവല്ല പരമാത്മാ എന്ന് വെച്ചാൽ എന്തർത്ഥം അദ്വൈതം എന്നർത്ഥം രണ്ടില്ലാതെ അത് എല്ലാത്തിനെയും ഒഴുങ്ങുണു എന്നാലേ അത് പരമാത്മാവാളൂ അല്ലാതെ പരമാത്മാ എന്നൊരു വാക്കിനെ വെച്ചുകൊണ്ട് ഉപാസിച്ചാൽ പോരാ പരമാത്മബുദ്ധി എന്ന് വെച്ചാൽ എന്താ അതല്ലാതെ വേറെ ഒന്നുമില്ല അതാണ് ഏകമേവ് അദ്വിതീയം നേഹനാനാസ്തി കിഞ്ചന അതല്ലാതെ മറ്റൊന്നുമില്ല സർവവും അതാണെന്ന് പ്രഹ്ലാദനെ പോലെ ധരിച്ചാൽ പരമാത്മ ഉപാസന അല്ലാതെ ഭഗവാൻ ഏതോ ഒരു ലോകത്തിലിരിക്കണു ഒരിടത്തു മാത്രം ഇരിക്കണു ബാക്കിയുള്ളവരെയൊക്കെ അദ്ദേഹം ഭരിക്കണു എന്നൊക്കെ വരുമ്പോ ഈശ്വര സ്ഥാനമോ മാത്രം അപ്പോ അത് ഏത് ഭാവത്തിൽ ഭജിച്ചോളൂ ശിവനെന്ന് ഭജിച്ചോളൂ വിഷ്ണുവെന്ന് ഭജിച്ചോളൂ ഗണപതിയെന്ന് ഭജിച്ചോളൂ മുരുകൻ ഭജിച്ചോളൂ ഏതെങ്കിലും ഒന്നിനെ പിടിക്കുക ബാക്കിയൊക്കെ അത് തന്നെ നമ്മൾ ഏത് ഇഷ്ട ദൈവത്തിനെ ഏത് പേരോട് പറയണോ അതിന് ഭേദം കല്പിക്കാതിരുന്നാ മതി ജഗത്തിൽ സർവവും അത് തന്നെ സർവവും അത് തന്നെ ഏത് ആ ദേവതകളൊക്കെ എന്റെ ഇഷ്ടമൂർത്തിയുടെ രൂപം തന്നെ ദേവതകൾ മാത്രമല്ല കാണുന്ന സ്ത്രീകളും പുരുഷന്മാരും സകല മൃഗങ്ങളും സകല വസ്തുക്കളും ഹരേഹേ ശരീരം ജഗത്ത് മുഴുവൻ ഹരിയുടെ ശരീരം എങ്ങനെ കണ്ടാലേ സമാധാനം ഉണ്ടാവുള്ളൂ യത്കിഞ്ചിത് പശ്യത്തോ ഭേദം ഭയം ബ്രൂതേ യജുശ്രുതി ദേവതാകൽപ്പനകളൊക്കെ തന്നെ ഭയങ്കരമായ ദുഃഖത്തിൽ ആഴ്ത്തം എന്താന്ന് വെച്ചാൽ ഇതല്ലാതൊരു ദേവതയുണ്ട് കോപിക്കുവോ നമുക്കൊക്കെ അതാണോ കുഴപ്പമേ ഒരു പത്ത് പതിനഞ്ച് ഫോട്ടോ വെച്ചിട്ട് ഇവിടെ മാത്രം നമസ്കരിച്ചാ അദ്ദേഹം കോപിക്കോ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയിട്ടില്ലെങ്കിൽ കോപിക്കുവോ ശിവൻ വലുതോ വിഷ്ണു വലുതോ എന്തൊരു വിഡിത്തം ശിവനെ ആര് കണ്ടു വിഷ്ണുവിനെ ആര് കണ്ടു എന്നിട്ട് ഇവിടെ കണ്ടിട്ട് അതായത് രാമകൃഷ്ണപ്രഹ്മംസര് പറയും ഒരിക്കല് രാമന്റെ കൊരങ്ങന്മാരും ശിവന്റെ ഭൂതഗണങ്ങളും കൂടെ അല്ല രാമനും ശിവനും കൂടെ തമാശ ആയിട്ടൊന്ന് ശണ്ട കൂടി അത്രയും തമാശ ആയിട്ട് ശണ്ട കൂടി ആ ശണ്ട അവസാനിച്ച് കഴിഞ്ഞിട്ടും രാമന്റെ കൊരങ്ങന്മാരും ശിവഭൂതഗണങ്ങളും കൂടിയുള്ള അടി ഇനിയും നിർത്തിയിട്ടില്ല അത്ര കാലമായിട്ട് അപ്പൊ അതുപോലത്തെ ഭേദബുദ്ധിയൊന്നും ഇവിടെ വേണ്ട എന്നാണ് ഒരേ പരമാത്മ വസ്തു ആ പരമാത്മാവിനെ പ്രാപിക്കാനായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ എങ്ങനെ വേണമെങ്കിലും ഭജിക്കാം നമുക്ക് ഇഷ്ടം ഏത് രൂപത്തിലാണോ ഭഗവാനെ ഭജിക്കാൻ എങ്ങനെ ഭജിച്ചാൽ ഇപ്പൊ വിഷ്ണുവിലെ പല ഭാവങ്ങളുണ്ട് എനിക്ക് ഗോപാലകൃഷ്ണനെയാണോ ഇഷ്ടമെങ്കിൽ ഞാൻ ശങ്കചക്ര നോക്കേണ്ട ആവശ്യമേ അഥവാ അങ്ങനെ നോക്കിയാൽ ആ ശങ്കചക്ര ഭഗവാനും ഈ ഗോപാലകൃഷ്ണന്റെ തന്നെ എനിക്ക് ഗുരുവായൂരപ്പന്റെ ഭാവമാണ് ഇഷ്ടം എങ്കിൽ എനിക്ക് പത്മനാഭനെ നോക്കേണ്ട ആവശ്യമില്ല ഗുരുവായൂരപ്പനെ മാത്രം പിടിച്ചാ മതി പത്മനാഭനെ കാണുമ്പോ പത്മനാഭൻ ഗുരുവായൂരപ്പൻ തന്നെ അപ്പൊ നമ്മളുടെ ഇഷ്ടമൂർത്തിയെ സർവം ഇഷ്ടമൂർത്തിയെ കൊണ്ട് സർവവും നിറച്ചാൽ അത് ബ്രഹ്മോപാസന ഇഷ്ടമൂർത്തിയെ ഒരിടത്തു മാത്രമായിട്ട് കണ്ടിയ കണ്ടാൽ തെറ്റൊന്നുമില്ല ആനന്ദമുണ്ടാവും ശാന്തി ഉണ്ടാവും സുഖമൊക്കെ കിട്ടും പക്ഷെ അത് ദേവത്തോപാസന അത് ദേവതയാണ് ഈശ്വരോപാസന അത് ദേവതയാണ് ദേവതോപാസനയും ശ്രേഷ്ഠമാണ് തെറ്റൊന്നുമില്ല നമ്മള് ദേവതാ പരമസത്വിക സാത്വികമായ ഭാവത്തോടെ ദേവതയെ ഉപാസിച്ചാൽ അതും ഉയർന്നത് തന്നെ അപ്പോ അതാണ് വിഷ്ണു മഹത്വം എന്ന് പറഞ്ഞത് വിഷ്ണു പരമസാത്വികനായിട്ടുള്ളത് കൊണ്ട് എന്നാൽ ശിവൻ സാത്വികൻ അല്ലേ എന്ന് പലർക്കും ചോദിക്കും ശിവനും സാത്വികൻ തന്നെയാണോ പക്ഷെ ഇവിടെ വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് വിഷ്ണു മഹത്വം ഏയ് ഭാഗവതത്തിൽ ശിവൻ തമോ ഗുണമൂർത്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചിലർക്കൊരു സംശയം ഭാഗവതത്തിൽ ശിവൻ തമോ ഗുണമൂർത്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചില ശിവഭക്തന്മാർക്ക് സംശയം അതിന് സ്കന്ദപുരാണം എടുത്തു നോക്കൂ വിഷ്ണു തമോ ഗുണമൂർത്തിയാണെന്ന് സ്കന്ധപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഭട്ടതിരി ഇവിടെ സ്ഥാപിച്ചു സ്കന്ദപുരാണത്തിൽ അങ്ങനെ പറഞ്ഞത് അർത്ഥവാദമാണ് അത് ശിവഭക്തന്മാരുടെ ശിവഭക്തിയെ ആഴത്തിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതാണെന്ന് അപ്പൊ ശിവഭക്തന്മാര് പറയും ഇത് തമോ അർത്ഥവാദമാണ് വിഷ്ണുഭക്തന്മാരുടെ വിഷ്ണുഭക്തിയെ ആഴത്തിലാക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ പറഞ്ഞതാണ് പറയാം രണ്ടും എങ്ങനെ വേണമെങ്കിലും അങ്ങടും ഇങ്ങടും പറയാം എങ്ങനെയും പറയാം ഭാഷ്യങ്ങളിലൊക്കെ ശങ്കരാചാര്യസ്വാമി വിഷ്ണു മഹത്വമാണ് സ്ഥാപിച്ചതെന്ന് പറഞ്ഞു അതിനും പ്രാമാണമൊന്നുമില്ല യനോപനിഷത് ഭാഷ്യത്തിൽ ഉമാദേവിയായി ജഗതീശ്വരി ഇന്ദ്രന്റെ മുമ്പിൽ അവതരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആചാര്യസ്വാമികൾ ഭാഷയത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു ജഗത് സ്വാമിയായ സർവേശ്വര പത്നി എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ആവുമ്പോ ശിവനെയും ഉയർത്തിന്ന് പറയാമല്ലോ അപ്പൊ ഏത് ഭാവത്തിലും അപ്പൊ വിഷ്ണു സഹസ്രനാമ ഭാഷ്യം അപ്പോ ആചാര്യസ്വാമികൾ നതുപക്ഷപാതി അദ്ദേഹത്തിന് പക്ഷപാതമൊന്നുമില്ല നമുക്കും പക്ഷപാതമൊന്നും വേണ്ട പക്ഷെ നമുക്ക് ഗുരുവായൂരപ്പനാണ് ഇഷ്ടം അതുകൊണ്ട് ശിവൻ കുറഞ്ഞു പരമേശ്വരനും അതേപോലെ തന്നെ ഗുരുവായൂരപ്പൻ തന്നെ പരമേശ്വരൻ കേരളത്തിലാണ് ഇത്രകാലം കൊണ്ട് ഈ ഷണ്ടയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ശിവവൈഷ്ണവദ്വേഷമൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല നമ്മൾ ഇനി ഉണ്ടാവാനും പാടില്ല അവിടെ ഇവിടെ രണ്ടും ഒന്ന് ശിവനാവട്ടെ വിഷ്ണു ആവട്ടെ ഒക്കെ ആ പരമാത്മാവിന്റെ സ്വരൂപം ഇനിയിപ്പോ ഈ പേരൊന്നും അറിയാതെ ഒരാൾ ഏതോ ഗുദാമൽ കാട്ടിൽ ജനിച്ചു അദ്ദേഹത്തിന് ഒരു ഈശ്വരനെ ഉപാസിക്കണമെങ്കിൽ എങ്ങനെ ഉപാസിക്കും അയാളൊരു പേര് വെക്കും അത് ശുദ്ധഭാവമാണെങ്കിലും അയാളുടെ മുമ്പിൽ ഭഗവാൻ പ്രകാശിക്കില്ലേ അദ്ദേഹത്തിന് വിഷ്ണു എന്നുള്ള പേര് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു വല്ല കുഴപ്പമുണ്ടാവോ ശിവൻ എന്നുള്ള പേര് അറിഞ്ഞില്ലാന്ന് പറഞ്ഞു വല്ല കുഴപ്പമുണ്ടാവോ ഈ പേരൊന്നും അറിയാതെ ഇതൊന്നും പഠിക്കാതെ കേൾക്കാതെ എവിടെയെങ്കിലും ആഫ്രിക്കൻ കാടുകളിൽ ഒരാൾ ജനിച്ചു അയാൾക്ക് തോന്നി ജഗത്തിനൊരു സ്വാമി ഉണ്ടാവണം ആരാഞ്ഞു നോക്കി കണ്ടെത്തി അയാൾ എന്ത് പേര് പറയും അപ്പോ സർവേശ്വരൻ അതാണ് ഗജേന്ദ്രൻ പറഞ്ഞത് യക്കശ്ചനേഷോ ബലിനൊന്തകോരകാത് പ്രചണ്ഡ വേഗാത് ഒരു മഹാശക്തി ആ പ്രഭുവിനെ നമുക്ക് ഇഷ്ടമുള്ള ഏത് പേര് പറഞ്ഞും വിളിക്കാം നമ്മളുടെ ഇഷ്ടമൂർത്തിയോട് നമ്മൾ ബലമായി പിടിച്ചോളുക പക്ഷെ മറ്റുള്ളവരുടെ ഇഷ്ടമൂർത്തിയോട് യാതൊരു വിധത്തിൽ വിരോധമോ ഉച്ചനീജഭാവമോ ഒന്നും വന്നു പോകരുത് അത് ഏതു മതത്തിലും നമ്മളുടെ മതത്തിലു മാത്രമല്ല ഏതു മതത്തിലുള്ള ഏത് ഇഷ്ടമൂർത്തിയാവട്ടെ ആരാരാധിക്കണ മൂർത്തിയാവട്ടെ അതൊക്കെ തന്നെ ഞാൻ ആരാധിക്കുന്ന ഈ പ്രഭു തന്നെയാണ് ആ രൂപത്തിലിരിക്കണത് ഞാൻ ഏത് പ്രഭുവിനെവിടെ ആരാധിക്കണോ ഈ ഭഗവാൻ തന്നെയാണ് ആ രൂപത്തിലൊക്കെ വേഷം കെട്ടി നിൽക്കണത് എന്റെ ഗുരുവായൂരപ്പൻ തന്നെയാണ് സകലതും ഗുരുവായൂരൊപ്പം തന്നെയാണ് എല്ലാ ഭാവത്തിലും എല്ലാ വേഷവും കെട്ടി നിൽക്കണത് ഇതറിഞ്ഞാലേ മനസ്സിന് ശാന്തി ഉണ്ടാകും അല്ലെങ്കിൽ അല്പമെങ്കിലും ഭേദബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സ് എവിടെയെങ്കിലുമൊക്കെ ചലിച്ച് വിഷമം ഉണ്ടാക്കും ദുഃഖമുണ്ടാക്കും ഭേദബുദ്ധി തലത്തിലും ദുഃഖം ലൗകികത്തിലെ ഭേദബുദ്ധി ദുഃഖം എന്നിരിക്കെ ആധ്യാത്മിക തലത്തിൽ അത്യന്ത ദുഃഖം സൂക്ഷ്മമായ തലമായതുകൊണ്ട് അത് അത്യന്ത ദുഃഖത്തിന് കാരണമായിട്ട് തീരുന്നു അങ്ങനെ ഇവിടെ തൊണ്ണൂറ്റിയൊന്നാമത്തെ ദശകം തൊണ്ണൂറ്റിയൊന്നാമത്തെ ദശകത്തിൽ വെട്ടതിരി നവയോഗി ഉപാഖ്യാനത്തിലെ ശ്ലോകങ്ങളാണ് തത്വോപദേശമാണ് ഇവിടെ ചുരുക്കി പറയുന്നത് തൊണ്ണൂറ്റിയൊന്നാമത്തെ ദശകത്തിൽ നവയോഗികൾ നിമിചക്രവർത്തിക്ക് ഉപദേശിക്കുന്ന ഭഗവത് തത്വം അതിൽ നിമിചക്രവർത്തി നവയോഗികളോട് ആദ്യത്തെ യോഗീശ്വരനായ കവി എന്ന് യോഗീശ്വരനോട് ചോദിച്ചു ഭാഗവതധർമ്മം പറഞ്ഞു തരുമോ അതിന് കവി എന്ന് യോഗീശ്വരൻ പറഞ്ഞു ഇത് ഒമ്പത് പേര് ഒന്നിച്ചു നടക്കും ഈ ഒമ്പത് യോഗികൾ അവര് നിമിചക്രവർത്തിയുടെ യാഗശാലയിൽ പോയി അപ്പോഴാണ് ചക്രവർത്തി ചോദിച്ചത് ഭാഗവതധർമ്മം ഉപദേശിക്കൂ എന്ന് അപ്പൊ പറഞ്ഞു ഭാഗവതധർമ്മം എന്താണ് വെച്ചാൽ धावनि ഭഗവൻ രാജന് ആരെ ആശ്രയിച്ചാണോ ഒരു മനുഷ്യൻ കണ്ണുമൂടിക്കെട്ടിക്കൊണ്ട് ജീവിതത്തിൽ ഓടിയാല് ഒരിടത്തും സ്ഖലിച്ചു വീഴാത്തത് ന സ്ഖലേത് ന പതേതിഹ അതേ വാക്കുകൾ ഭട്ടതിരി ഇവിടെ പ്രയോഗിച്ചു കണ്ണുകെട്ടിക്കൊണ്ട് ഓടിയാകും സാധാരണ വിധി നിഷേധങ്ങൾ കൊണ്ട് ആളുകൾ വിഷമിച്ചിരിക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിക്കുക ആളുകളെ നന്നാക്കാൻ വേണ്ടിയിട്ട് മഹാഭാരതത്തിലും മറ്റുമൊക്കെ വ്യാസഭഗവാൻ ഒരുപാട് വിധി നിഷേധം എഴുതി വെച്ചു ധർമ്മം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങോട്ട് നോക്കണം ഇങ്ങോട്ട് നോക്കാൻ പാടില്ല അതുപോലെ ഇരിക്കണം ഇതുപോലെ ഇരിക്കാൻ പാടില്ല ഒരുപാട് നിയമങ്ങൾ നിയമങ്ങൾ കൊണ്ട് ആളുകളെ നന്നാക്കാൻ ശ്രമിച്ചു പക്ഷെ അവസാനം ഒക്കെ പരാജയം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അതുതന്നെ പോയി ചെയ്യും അത്ര കാലം അറിയില്ല ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ശേഷമാണത് അറിഞ്ഞിട്ട് പോയി ചെയ്യാം എന്താന്ന് വെച്ചാൽ എന്റെ ഉള്ളിൽ വാസനമുണ്ട് എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയണോ അത് തന്നെ പോയി ചെയ്യാം അപ്പൊ ഈ വിധി നിഷേധങ്ങളൊന്നും ആളുകളെ നന്നാക്കണതായിട്ട് കണ്ടില്ല മാത്രമല്ല നല്ല ആളുകൾക്ക് പോലും വിധി നിഷേധത്തിൽ പെട്ടു മനസ്സ് സദാ ചലിച്ച് എപ്പ നോക്കിയാലും ചിന്തയാണ് അങ്ങനെ വേണോ ഇങ്ങനെ വേണോ അങ്ങനെ വേണോ ഇങ്ങനെ വേണോ ഈ ആചാരത്തിൽ പെട്ടപ്പോൾ ബാലം മഹാവിഷമാണ് ഒരാൾക്ക് സംശയം രാവിലെ എഴുന്നേറ്റിട്ട് പല്ല് തേക്കുമ്പോ എത്ര പ്രാവശ്യം കൊൽക്കു വെച്ചു തുപ്പണം എന്നാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കണത് അവിടെ തൊട്ട് തുടങ്ങി സകല കാര്യത്തിൽ സംശയം എന്ത് ചെയ്യാൻ പറ്റും പറയൂ ഇങ്ങനെ പെട്ട് വലയാണ് എന്നിട്ടോ എന്തു ചെയ്താല് ശങ്ക എന്തു ചെയ്താല് ശങ്കയാണ് സംശയം സംശയം സംശയം തെറ്റിപ്പോയോ വീണു പോയോ അത് അപ്പോ അതാണ് ഭാഗവതകാരൻ പറഞ്ഞു ഏതൊരു സർവേശ്വരനെ ഗ്രഹിച്ചാലാണോ ഇവൻ കണ്ണു മൂടിക്കെട്ടിക്കൊണ്ട് നീ ജീവിതത്തിൽ ഓടിയാലും ഒരു തെറ്റും സംഭവിക്കില്ല ഒരിടത്തും ഇയാൾക്ക് അബദ്ധം ഉണ്ടാവില്ല കൈപ്പഴവ് വരില്ല വീഴില്ല എന്താന്ന് വെച്ചാൽ അച്ഛനും അമ്മയും കൂടെ കട അച്ഛനും മകനും കൂടെ കടയിലേക്ക് പോണു ചില കുട്ടികൾ പറയും അച്ഛനെ ഞാൻ പിടിച്ചോളാന്ന് പറയും അച്ഛനെ ഞാൻ പിടിച്ചാൽ കുട്ടി ഇത്രേ നാല് വയസ്സേ ആയിട്ടുള്ളൂ തിരക്കിന്റെ ഇടയിൽ എവിടെയെങ്കിലും പിന്നെ കിട്ടില്ല കുട്ടിയെ നേരെ മറിച്ച് അച്ഛൻ കുട്ടിയെ പിടിക്കുകയാണെങ്കിലോ കുട്ടി എത്രയൊക്കെ തന്നെ വട്ടതിരിഞ്ഞാലും എന്തൊക്കെ ചെയ്താലും കുട്ടി വഴിയില്ല അപ്പൊ അച്ഛൻ കുട്ടിയെ പിടിക്കുന്നതിനും കുട്ടി അച്ഛനെ പിടിക്കുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട് അച്ഛൻ കുട്ടിയെ പിടിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ കുട്ടി വഴി തെറ്റില്ല ജീവനെ ഗ്രഹിക്കുന്നതാണ് ഭാഗവതധർമ്മം ജീവൻ ഭഗവാനെ ഗ്രഹിക്കുന്നത് ആരംഭ ഭക്തി ഭഗവാൻ ജീവനെ ഗ്രഹിച്ചാൽ ഈ ജീവന് തെറ്റ് ചെയ്യാൻ പറ്റില്ല തെറ്റായ മാർഗത്തിലേക്ക് പോവാൻ പറ്റില്ല അത് വഴി തെറ്റിപ്പോവാൻ പറ്റില്ല നേരെ സ്വന്തം ശക്തി കൊണ്ട് അത് ഒരു മിഥ്യ അതിൽ വിശ്വസിച്ച് എത്രയൊക്കെ തന്നെ ധാർമ്മികൻ എന്ന് ധരിച്ചിരുന്നാലും എവിടെയെങ്കിലുമൊക്കെ പിഴപറ്റി ചോട്ടൽ വീഴാം എത്ര ദുരാചാരനാണെങ്കിലും ആര് ഭഗവാനെ പിടിച്ചു പിന്നെ അവന് ചുവട്ടലേക്ക് വീഴ്ചയില്ല എന്താന്ന് വെച്ചാൽ ഭഗവാനാണ് അവനെ പിടിച്ചിരിക്കുന്നത് അപ്പോ സ്തായ ഇവിടെ പറഞ്ഞു ശ്രീകൃഷ്ണ ത്വത്പദോപാസനം അഭയതമം ഭയം നീങ്ങി കിട്ടണമേ അതാണ് അപ്പൊ അഭയതമം ഭയമേ ഉണ്ടാവാൻ പാടില്ല ജീവിതത്തിൽ ഇനി ഒരു ശങ്കയില്ല ഒന്നിനെ ഭയമില്ല ആശങ്കയില്ല വ്യാകുലത നാളെ എന്തോ വരട്ടെ കഴിഞ്ഞുപോയതൊക്കെ എവിടെയോ പോയി ഇനി വരാൻ പോണതിനെ കുറിച്ച് പേടിയില്ല ജീവിതത്തിൽ ആശയില്ല മരണത്തിൽ ആശയില്ല ജീവിതത്തിനെ ഭയമില്ല മരണത്തിനെ ഭയമില്ല ഇനി എന്തു പറഞ്ഞു ഒന്നിനെയും പേടിയില്ല അങ്ങനെ ആവുമ്പോൾ അതാണ് ഭാഗവതധർമ്മം അത് എപ്പോ വരും സർവേശ്വരനെ പരിപൂർണ ശരണാഗതി ചെയ്താൽ ഞാൻ എന്നുള്ളതേ ഇല്ലാതായിട്ട് തീരും ഞാനില്ലെങ്കിൽ പിന്നെ ആര് ഭയപ്പെടും ഭയപ്പെടുന്നവൻ പോയാൽ പിന്നെ ആര് ഭയപ്പെടും ഒരാളുള്ളത്തോളമല്ലേ ഭയം അഹങ്കാരമുള്ളത്തോളം ഭയം ഉപനിഷത്ത് പറഞ്ഞു ദ്വൈതമുണ്ടെങ്കിൽ ഭയമെന്ന് ദ്വൈതം എപ്പോണ്ട് അഹങ്കാരം ഉള്ളപ്പോഴാണ് ദ്വൈതം അഹങ്കാരം പോയാൽ വ്യക്തിഭാവം പോയാൽ ഭയം പോയി അല്ലെങ്കിൽ അസർവ്വതാ ഭയം ഭേ രോഗ്യുതിഭയം വിത്തേ നൃപാലഭയം മാനേ ദൈന്യഭയം ബലേ റിപുഭയം റൂപേ ഭയം ശാസ്ത്രേവാദിഭയം ഗുണേഖലഭേ കൃതം സർവം വസ്തുഭയാന്വിതം ഭുവിനൃണാം വൈരാഗ്യമേവാഭയം ധാരാളം പണമുണ്ട് സമ്പത്തുണ്ട് നല്ല യൗവനം സുഖമായി ഭോഗം ചെയ്ത് ജീവിക്കാം എന്ന് വിചാരിച്ച് തീരുമാനിച്ച് പുറപ്പെട്ടാൽ അപ്പൊ തന്നെ ഉള്ളില് പേടി രോഗഭയം എന്തെങ്കിലും വ്യാധി വരുവോ എന്തൊക്കെയോ വ്യാധികളുടെ പേരൊക്കെ പറയണു പായസം കണ്ട കുടിക്കണം കുടിക്കണം എന്ന് തോന്നുന്നു ഡോക്ടർ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു രോഗഭയം ഡയബറ്റീസ് ഭോഗേ രോഗഭയം ഭോഗം ചെയ്യണം എന്ന് ആശിക്കണു രോഗം വരുമോ എന്ന് പേടി കുലേ ചുതിഭയം നല്ല കുലത്തില് ജനിച്ചാലോ മക്കളെവിടെങ്കിലും പേരുദൂഷ്യം വരുത്തിയാലോ ചീത്ത വഴിക്ക് പോയി കുടുംബത്തിന് മാനക്കാട് ഉണ്ടായാലോ നമ്മളുടെ പേരെവിടെങ്കിലും ദൂഷിച്ചാലോ പലേ പേടി കുലേതി ഭയം ധാരാളം സമ്പത്തുണ്ടെങ്കിൽ എന്ത് പേടിക്കാൻ പേടിയുണ്ടല്ലോ ഇൻകം ടാക്സ് വിത്തേ നൃപാലാദ്ഭയം രാജാവിനെ ഭയം നൃപാലനെ ഭയം വിത്തേ അയാളെ വെട്ടിക്കാൻ വേണ്ടതൊക്കെ ചെയ്യും വിത്തേ നൃപാലാദ്ഭയം അവർക്ക് സമാധാനമില്ല എല്ലാം വെച്ചിട്ടും സമാധാനം ഉണ്ടാവില്ല ഇന്ന് നിർത്തിയിട്ട് ഈശ്വര ഭജനം അതുമില്ല അതൊരു സുഹക്കേട് പിടിച്ചു കഴിഞ്ഞു അത് അവസാനം വരെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും യക്ഷവിത്തം എന്നാണ് പറയുക അതൊരു ഭ്രാന്ത് അത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിർത്താൻ പറ്റില്ല അത് ആ ചക്രത്തിൽ ചുറ്റിക്കൊണ്ടേയിരിക്കും അതിങ്ങനെ കണ്ടുകൊണ്ടേ ഒരു സുഖം അത്ര വയസ്സ് തൊണ്ണൂറായാലും അതങ്ങനെ കുറെ പാസ്ബുക്കും അതും ഇങ്ങനെ മുമ്പിൽ വെച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോ ഒരു സമാധാനം ഭയം എന്നാ അത് ഉണ്ടാക്കണതെന്ന് നിർത്തില്ല അതിലെ സമാതൃപ്തിയും അപ്പൊ രാജാവിനെ ഭയം വിത്തേ നിർപാല ഭയം നല്ല അഭിമാനിയാണെങ്കിൽ മാനിയാണെങ്കിൽ എപ്പോഴും മറ്റുള്ളവർ എന്തെങ്കിലും പറയുമോന്ന് പേടി അല്ലെ എല്ലാവർക്കും പകുതി മുക്കാൽ പേർക്കും അതാണ് എന്ത് ചിന്തിക്കുമ്പഴും നമുക്ക് നാലുപേരെ പറയും നമുക്കൊന്ന് ആഗ്രഹം ഉണ്ടാവും അങ്ങനെ ചെയ്യണമെങ്കിലും നാലുപേരെ പറയും ജീവിക്കുന്നത് മുഴുവൻ നാലുപേർക്ക് വേണ്ടി എപ്പോഴും എന്തൊരു നിസ്വാർത്ഥത മറ്റുള്ളവരുടെ കണ്ണിലൂടെയെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും നമ്മളുടെ വിചാരം എല്ലാവർക്കും നമ്മളെ നോക്കലാണ് പണിന്നാണ് ഇതിനേക്കാളും വലിയ അഹങ്കാരം അവരവർക്ക് വേറെ വേറെ വേലയുണ്ടാവും പക്ഷെ ഇതേ വിചാരം എന്നാ നല്ല രൂപസൗന്ദര്യം ഉണ്ടെങ്കിലോ രൂപേചരായാഭയം പതിനാറ് വയസ്സിൽ തുടങ്ങും സൗന്ദര്യം ഉണ്ടെങ്കിൽ നാലു പേര് പറഞ്ഞാൽ മതം തുടങ്ങും അതിങ്ങനെ തുടങ്ങി തുടങ്ങി തുടങ്ങി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് കഴിയുമ്പോ പതുക്കെ ഒരു പേടി എന്താന്ന് വെച്ചാ എവിടെയോ ഒരു നില ഇങ്ങനെ വരണു ആളുകൾ പറയണു ഒത്തിരി തടിച്ചു എന്ന് പറയണു അപ്പൊ തൊട്ട് പേടി തുടങ്ങി തടിച്ചു എന്ന് പറഞ്ഞാ അപ്പൊ ഭയം തുടങ്ങി തല എവിടെങ്കിലും ഒന്ന് നരച്ചാ അപ്പൊ പേടി തുടങ്ങി രൂപേ ജരായാ ഭയം ജരാ എന്ന് വാർദ്ധക്യം വാർദ്ധക്യത്തിനെ പേടി തോല് പതുക്കെ ചുളുങ്ങും എന്ത് ചെയ്യാൻ പറ്റുമല്ലേ പലരും കൊറേ വയസ്സിന് ശേഷം കൊറേ വെച്ചുകെട്ടലൊക്കെ ചെയ്തിട്ട് ഒപ്പിച്ചിട്ട് ചെറുപ്പമായി എന്ന് വിചാരിച്ച് ട്രൗസറിട്ട് നടക്കുക അതുകൊണ്ടൊന്നും കാര്യല്ലാഭയം അതങ്ങനെ ജരമുണ്ട് ഏച്ചുകൂട്ടിയാ മുഴച്ച് നിൽക്കും പറയും ഏച്ചു കൂട്ടിയാ മുഴച്ചു നിൽക്കും അതൊന്നുകൂടെ അല്ലെങ്കിൽ ഒരു സൗന്ദര്യം ഉണ്ടാവും വാർദ്ധക്യത്തിന് അതിങ്ങനെയൊക്കെ കാണിച്ച ആളുകൾക്ക് തോന്നും വെറുതെ വേണോ കിഴവൻ വയസ്സായിട്ടെങ്ങനെ തോന്നും അല്ലെങ്കിൽ അതിന് വാർദ്ധക്യത്തിന് അതിൻ്റെതായ ഒരു സൗന്ദര്യമുണ്ട് രൂപേ ജരായവണ് ശാസ്ത്രം പഠിച്ചാലോ നമ്മളെക്കാളും പഠിച്ചവർ ആരെങ്കിലും തോന്നിയാൽ മതി പഠിച്ചിരിക്കണം എന്നൊന്നുമില്ല ആരെങ്കിലുമൊക്കെ മുമ്പിൽ വന്ന് അങ്ങനെ വന്ന് ഗംഭീരമായിട്ട് ചിലർ അതിൽ വരും ചിലരൊക്കെ ശാസ്ത്രം സഭയിലോ പ്രഭാഷണത്തോ ഒക്കെ അവര് വന്നു കളയും അവര് മുമ്പിൽ വന്നിട്ട് നല്ലൊരു പട്ടു ഷാടും ഒക്കെ പുതച്ച് ധാരാളം സ്വർണത്തിൽ കെട്ടിയ രുദ്രാക്ഷം ഒക്കെ ആയിട്ട് അങ്ങനെ മുമ്പിൽ വന്ന് ഇരുന്നാൽ നമുക്ക് തോന്നിയാൽ മതി നാല് പേര് അവരെ പാത്തു ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഉള്ളിൽ തുടങ്ങും അല്ല നമുക്ക് വാസ്തവത്തിൽ പേടിയുണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും മുമ്പിൽ വന്നിരുന്നാൽ എത്ര പഠിച്ച ആളാണെങ്കിലും അവിടെ തദ്ബുദ്ധനാകും ഒന്നും വായിൽ വരില്ല ശാസ്ത്രീയെ വാതിഭയം നമ്മളെക്കാളും പഠിച്ചു പറയേണ്ട പേടി ഗുണേഖലഭയം സദ്ഗുണങ്ങളുള്ള ആളാണെങ്കിൽ ആരെങ്കിലും ദൂഷിക്കുവോ എന്ന് പേടി അവസാനം വിട്ടുപോവാത്ത ഒരു ഭയമുണ്ട് ശരീരമുള്ളത്തോളം ഉള്ള ഒരു ഭയം കായേ കൃതാന്താത് ഭയം മരണഭയം മരണത്തിനോടുള്ള പേടി ഇങ്ങനെ നോക്കിയാൽ സർവം വസ്തു ഭയാന്വിതം എവിടെ നോക്കിയാലും ഭയം സർവം വസ്തു ഭയാൻവിതം ഭൂവി നൃണാം വൈരാഗ്യമേവ അഭയം ഒന്നിനോട് ആസക്തിയില്ലാത്ത വിരക്തി വന്നാൽ അത് അഭയം എന്ത് വേണമെങ്കിൽ വന്നോട്ടെ ശരീരം എങ്ങനെയോ പോവട്ടെ വാർദ്ധക്യമായ എല്ലാവർക്കും ആവണതല്ലേ ആവട്ടെ പണം പോയാൽ പോവട്ടെ ആരോഗ്യം അല്ലെങ്കിൽ പോകട്ടെ ആളുകൾ സ്തുതിക്കട്ടെ നിന്ദിക്കട്ടെ അത് ഈ അതൊന്നും ശ്രദ്ധിക്കാനേ സമയമില്ല കാരണം കാര്യം എന്താ സർവേശ്വരൻ ഒരാളെ ഉള്ളൂ ഇവിടെ അന്യൻ എന്നുള്ളതേ പോയി കഴിഞ്ഞാൽ ദുഃഖം പോയി അല്ലെങ്കിൽ ദുഃഖം എവിടെയായാലും ബാക്കി നിൽക്കും അപ്പൊ സർവേശ്വരനെ ശരണാഗതി ചെയ്ത് ഭഗവാനല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല ബാക്കിയുള്ളതിനൊന്നും ചിന്തിക്കാനേ ഇവിടെ സമയമില്ല അങ്ങനെയാവുമ്പോ അഭയതമം ഭയമേയില്ല ഒന്നിനെയും ഭയമില്ല യാതൊന്നിനെയും ഭയമില്ല ബന്ധമിഥ്യാർത്ഥദൃഷ്ടേഹേ ബന്ധം എന്നുള്ളത് മിഥ്യയാണ് സംസാര ബന്ധം എന്നുള്ളത് വാസ്തവത്തിൽ ഇല്ല ആർക്ക് ബന്ധം ആലോചിച്ചു നോക്കിയാൽ അത് മിഥ്യയാണെന്ന് മനസ്സിലാവും സംസാരം സംസാരം എന്ന് പറയണു ആരുടെ സംസാരം വാസ്തവത്തിൽ ശരീരത്തിന് ആണോ ബന്ധം ആത്മാവിനാണോ രണ്ടിനുമില്ല ശരീരം ജഡമാണ് ശരീരത്തിനെ ഒരിക്കലും ബന്ധിക്കാൻ കഴിയാതെ ജഡം ജഡമായിട്ട് തന്നെ ഇരിക്കുന്നു ജഡമായിട്ട് പോകും ആത്മാ നിത്യമുക്തമായിട്ടിരിക്കണോ അതിന് ബന്ധമില്ല നടുവിൽ ഇതിന് രണ്ടിനും നടുവിൽ മനസ്സ് എന്ന് പറയണം നിർവചിക്കാൻ കഴിയാത്ത ഒരു വസ്തു പൊന്തി അതാണ് ഇല്ലാത്ത വിഷമങ്ങളൊക്കെ ഉണ്ടാക്കി കാണിക്കണത് ഈ മനസ്സെന്ന് പറയുന്ന സാധനം അതെന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ പിടികിട്ടില്ല എവിടുന്നോ പൊന്തുണു എവിടുന്നോ പൊന്തി വന്നിട്ട് ബന്ധ മിഥ്യാർത്ഥദൃഷ്ടിത്യെന്ന് വെച്ചാൽ മനസ്സെന്നർ അർത്ഥം ചുരുക്കി പറഞ്ഞ മിഥ്യ എന്ന് പറഞ്ഞിട്ട് വാക്കിന് ഡെഫിനേഷൻ ഒന്നും തെരേണ്ട ആവശ്യമില്ല മിഥ്യ എന്ന് വെച്ചാൽ എന്താണ് മനസ്സെന്നർത്ഥം മനസ്സ് തന്നെ മിഥ്യ മനസ് എന്ന് പറഞ്ഞ് അനിർവചനീയമായ ഒരു ചിന്താശക്തി പൊന്തി വരുന്നു മനസ്സെന്ന് വെച്ചാൽ ചിന്തയാണ് മനസ്സല്ലാതെ വേറെ ഒരു വസ്തുവില്ലല്ലോ ആ ചിന്താശക്തി വിചാരങ്ങളുടെ കൂട്ടം ചിത്തവൃത്തികളുടെ ഒരു കൂമ്പാരം അത് ഉള്ളിൽ എവിടുന്നോ പൊന്തി വരുന്നു അത് പൊന്തി ഇല്ലാത്ത ബന്ധമൊക്കെ തോന്നിക്കുന്നു ദുഃഖമൊക്കെ തോന്നിക്കുന്നു സ്വപ്നത്തിൽ എന്ന സ്വപ്നത്തിൽ എന്ന പോലെ ഇതിന് എങ്ങനെ വരും ഞാനും കൊണ്ടേ വരും ജ്ഞാനം കൊണ്ടേ മനസ്സിനെ നിശേഷം നീക്കാൻ പറ്റുള്ളൂ നിശേഷം നീക്കുക എന്ന് വെച്ചാൽ അടക്കുകയല്ല തത്വമറിഞ്ഞാൽ മനസ്സില്ലാതായി പോകും തത്വമറിയാതെ മനസ്സിനെ അടക്കിയാൽ അടങ്ങിയ മനസ്സ് വീണ്ടും വീണ്ടും പൊന്തികൊണ്ടേയിരിക്കും അതാണ് അക്ഷീണവാസനം മനഃ പുനരുദ്ധിതം എന്ന് ഭഗവാൻ മുജുകുന്ദനോട് ഭാഗവതത്തിൽ പറഞ്ഞു ക്ഷീണവാ വാസന ക്ഷയിക്കാത്ത മനസ്സ് പൊന്തിക്കൊണ്ടേയിരിക്കും വാസന എങ്ങനെ ക്ഷയിക്കും തത്വജ്ഞാനത്തോടുകൂടെ രാഗദ്വേഷമില്ലാതെ വിഷയങ്ങളുടെ നടുവിൽ ജീവിച്ചാൽ എതിർച്ചയാ എന്തെന്തു സുഖ ദുഃഖങ്ങൾ അനുഭവിക്കാനുണ്ടോ അതൊക്കെ അനുഭവിച്ച് തീർന്നുപോകും ഒന്നും ബാധിക്കില്ല ആ സ്വരൂപത്തിനെ വാസ്തവത്തിൽ നമ്മളുടെ സ്വരൂപത്തിൽ രാഗം ദ്വേഷം കാമം ക്രോധം ഇതൊന്നും ഇല്ലേയില്ല ഇല്ലാത്തതിനെ ആരോപിച്ചിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ വാസ്തവത്തിൽ ഇതൊന്നും നമ്മളുടെ സ്വരൂപത്തിൽ ഇല്ല ആ സ്വരൂപം അതീവ ശുദ്ധം സർവേശ്വരനാണ് ഉള്ളിലിരിക്കുന്നത് സദാ ബോധവസ്തുവായി പ്രകാശിക്കുന്നു പക്ഷെ ആ ബോധത്തിനും ജഡത്തിനും നടുവില് മനസ് എന്ന് പറഞ്ഞ് ഒരു വേണ്ടാത്തരം പൊന്തി വരും മനസ്സാണ് ദുഃഖത്തിന് കാരണം അല്ലാതെ ഇവിടെ നല്ലത് ചീത്ത എന്ന് പറഞ്ഞ് പുറമേക്കൊന്നുമില്ല മനസ്സാണ് എല്ലാ ഭേദബുദ്ധിയും ഗുണദോഷ ചിന്തകളും നമ്മളെ കഷ്ടപ്പെടുത്തണത് ഈ മനസ്സിനെ ഭഗവാന് കൊടുക്ക ഭഗവാൻ വേറെ ഒന്നും വേണ്ട ആചാര്യസ്വാമികൾ ശിവാനന്ദ ലഹരിയില് പറഞ്ഞു ഒരാള് പൂ പൂജയ്ക്ക് പൂ തെരഞ്ഞുകൊണ്ട് കാട്ടിലും വേട്ടിലും മലയിലും ഗുഹയിലും ഒക്കെ നടക്കുകയാണ് ഗഭീരേ കാ വിശതി വിജനേ ഘോരവിപി വിശാലേ ശൈലേ ച്രമതി കുസുമാർം ജഡമതിഹീ സമർപ്പേകം ചേതസരസിജമുമാനാഥഭവേ സുഖേന അവസ്ഥഹന ജാനാതിക്ക് മഹോ ഉള്ള കാട്ടിലും ഗുഹയിലും മലയുടെ മേലയും എവിടെയും ഒരു പൂവെവിടെ കിട്ടും അലഞ്ഞു നടക്ക മനസ്സ് എന്ന് പറയുന്ന ഒരു പുഷ്പത്തിനെ സർവേശ്വരന്റെ പാദത്തിൽ അർപ്പിച്ചിട്ട് സുഖമായിട്ടിരിക്കാനും ഇവനെ അറിയണില്ലല്ലോ എന്നാണ് മഠയൻ ജഡമതിഹീൻ മഠയൻ ആ മനസ്സൊന്നും അർപ്പിക്കാതെ ബാക്കിയൊക്കെ അർപ്പിച്ചിട്ടും എന്തു കാര്യം ബാക്കിയൊക്കെ അർപ്പിക്കുന്നതിന്റെ ഉദ്ദേശം മനമലർ കൊയ്തു മഹേഷ പൂജ ചെയ്യും മനുജനും മറ്റൊരു വേല ചെയ്തിടേണ്ടാണ് നാരായണ ഗുരുസ്വാമിയുടെ ആത്മോപദേശ ശതകം മനമലർ കൊയ്തു മഹേഷ പൂജ ചെയ്യും മനുജനും മറ്റൊരു വേല ചെയ്തിടേണ്ട മനമലർ കൊയ്ത് മഹേശ്വരന്റെ പാദത്തിൽ അർപ്പിക്കുകയാണെങ്കിൽ മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട മനസ്സ് തന്നെ പുഷ്പം സർവേശ്വരന്റെ പാദത്തിൽ അർപ്പിക്ക അർപ്പിക്കാന്ന് വെച്ചാൽ എന്താ അർത്ഥം മനസ്സ് നമ്മളുടെ അല്ല ഭഗവാന്റെ ആണെന്ന് പറഞ്ഞു കൊടുത്താൽ ദത്തം തവ മനഹ ആചാര്യസ്വാമികൾ അവിടെ ശിവാനന്ദ പറഞ്ഞു അങ്ങേക്ക് എല്ലാം ഉണ്ട് അങ്ങയുടെ കയ്യിൽ ഇല്ലാത്ത ഒരേ കാര്യമേ ഉള്ളൂ മനസ്സ് എന്താ തരണം അത് കൊടുത്താൽ പിന്നെ മനസ്സിനോടുള്ള സ്വത്വം പോയാൽ തന്നെ മനസ്സടങ്ങും ഇപ്പൊ നമ്മളെ ഒരു വീട്ടിൽ ജോലി ചെയ്യണെന്ന് വെച്ചാൽ വേലക്കാരനാണെങ്കിൽ എപ്പോഴും യജമാനോട് വളരെ പേടിയും ബഹുമാനവും ഭക്തിയും ഉണ്ടെങ്കിൽ മനസ്സ് അനങ്ങില്ല എപ്പോഴും അയാൾ വിളിക്കുകയോ എന്തെങ്കിലും ചോദിക്കോ എപ്പോഴും അറ്റൻഷനാണ് അതുപോലെ ജീവിതം മുഴുവൻ സർവേശ്വരന്റെ ഭൃത്യനാണെന്ന് കരുതി ആ സാന്നിധ്യം അനുഭവിച്ചാൽ മനസ്സെങ്ങനെ ചലിക്കും എപ്പോഴും കൂടെ നടക്കണു സദാ സർവേശ്വരന്റെ ഇച്ഛപ്പടി ശരീരം ചലിക്കണമെങ്കിൽ മനസ്സ് ചലിക്കുവോ അതാണ് നസ്ഖലതീ പതീന്ന് പറഞ്ഞു ഒരിടത്ത് സ്ഖലിക്കില്ല ഗുരുവായുരപ്പൻ എപ്പോഴും കൂടെ ഉണ്ടെന്ന് ആർക്ക് ദൃഢമായ വിശ്വാസം അനുഭവം ഉണ്ടോ വെറും വിശ്വാസം പോരാ വിശ്വാസം ആർക്കായില്ലാത്തതിപ്പോ വെറും വിശ്വാസം പോരാ അത് ക്രിസ്ത്യാനികൾ പറയണ പോലെ ആവും പിന്നെ എന്തു വേണമെങ്കിൽ ചെയ്യാം അതുപോരാ അത്തരത്തിലുള്ള വിശ്വാസം പോരാ അമ്പലത്തിന് മുമ്പ് പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കാത്തവരാരണ്ട് കോണാലി നമസ്കാരം ആരുണ്ട് അവരാണ് ഈ ലോകത്തിൽ മഹാ ഉപദ്രവങ്ങൾ ചെയ്യണതും പലപ്പോഴും അപ്പോ വിശ്വാസം എന്നുള്ളത് വേറെ ഭക്തി എന്നുള്ളത് വേറെ വിശ്വാസം എന്നുള്ളത് പലപ്പോഴും നമ്മൾ രക്ഷപ്പെടാനുള്ള വഴിയായിട്ടായാലും ഞാനും വിശ്വസിക്കുന്നുണ്ട് അമ്പലത്തിൽ പോകണ്ട എല്ലാം ഉണ്ട് കഴിഞ്ഞു എന്റെ കാര്യം സപ്താഹത്തിനോ അതിനൊന്നും വേണ്ടാന്ന് വിശ്വസിച്ചാൽ മതി ഒക്കെ ഉള്ളിലുണ്ട് മഹാഭക്തന്മാർ അപ്പൊ ഭക്തി വേറെ വിശ്വാസം വേറെ വിശ്വാസം എന്നുള്ളത് സർവേശ്വരനെ പല നീചകാര്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കും ഭക്തി എന്ന് പറയുന്നത് ഒരിക്കലും നീചമായ വഴിക്ക് ജീവനെ കൊണ്ടുപോവുകയേയില്ല അപ്പൊ ഭക്തിയാണ് ഇവിടെ മുഖ്യം മർത്യസ് ആർത്ത്യമന്യേ വ്യവസരതിഭയം ഏന സർവാത്മനൈവ ജഗതീശ്വരനായ പ്രഭു കൂടെ നടക്കണുന്ന് അറിഞ്ഞാൽ എവിടെ പേടിക്കും എന്തിനു ഭയപ്പെടും ഒന്നിനെയും പിന്നെ ഭയപ്പെടില്ല യത്താവണീത ഭജനവിധീനസ്ഥിത ഭജനവിധി ഞാ ഭജനവിധിയാണ് പറയേണ്ടത് ഭജനവിധി ഭജനവിധിയെ ആശ്രയിച്ച അവൻ മോഹമാർഗം ഈ സംസാരമാവുന്ന മോഹമാർഗത്തിൽ കണ്ണു മൂടിക്കെട്ടിക്കൊണ്ട് ഓടിയാലും ഭജനവിധിയെ ആശ്രയിക്കുന്നവൻ കാലു തെറ്റി വീഴില്ല എന്താണ് ഈ ഭജനവിധി എന്നുള്ളത് നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കാം സർവത്ര ഗോവിന്ദനാമസം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം അതിൽ ആത്മനിവേദനമാണ് ലക്ഷ്യം ബാക്കിയൊക്കെ മാർഗങ്ങൾ ആത്മനിവേദനം എന്നുള്ളത് അങ്കി ബാക്കിയൊക്കെ അംഗം പരിപൂർണമായ ആത്മനിവേദനം ജീവൻ ഏർപ്പെട്ടാൽ പിന്നെ ജീവന്റെ ജീവത്വഭാവം ഇല്ലാതായിട്ട് തീരും ആത്മനിവേദനം ഏർപ്പെട്ടാൽ ഈശ്വരൻ മാത്രമേ ഉള്ളൂ ജീവൻ ഇല്ല ഭഗവാൻ ആ ജീവനെ എടുത്തു വിഴുങ്ങിക്കളയും സ്വയം തത് അന്നീഭവനം ഭഗവാന് അന്നമായിട്ട് തീരാ ഭഗവാൻ എടുത്ത് വിഴുങ്ങു എത്രയും വയം ദേവസ് ഭോജനം സർവേശ്വരൻ ഈ ജീവന്റെ ജീവത്വഭാവനയെ തന്നെ ഇല്ലാതാക്കുന്നു അങ്ങനെ ജീവത്വഭാവന ഉള്ളത്തോളം പരിപൂർണ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല ജീവത്വഭാവന എപ്പോ നിശേഷം ഇല്ലാതായോ അപ്പോ പിന്നെ ശരണാഗതി ശരണാഗതി എപ്പോ ഒരു ജീവൻ ഭഗവാന് ശരണാഗതി ചെയ്തുവോ അതോടുകൂടെ ആ ജീവൻ ജീവനല്ലാതായിത്തീരും രാമകൃഷ്ണ പരമവംസൻ പറയുന്ന പോലെ യന്ത്രയന്ത്രീ ഭാവം ഞാനൊരു യന്ത്രം ഭഗവാൻ യന്ത്രീ ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് ആ ജീവൻ ജീവന്റെ ഓരോ ചലനവും ഈശ്വരന്റെ നിയന്ത്രണം ഓരോ ചിത്തവൃത്തിയും ഈശ്വരന്റെ നിയന്ത്രണത്തില്മാനുജാചാര്യർ പതിവ്രതാധർമ്മം എന്ന് പറഞ്ഞു ഈശരണാഗതിയെ പതിവ്രതയെ പോലെ ആ പതിവ്രതയ്ക്ക് ഓരോ ചലനത്തിലും പതിയെക്കുറിച്ചുള്ള ചിന്തയുള്ള പോലെ അതോ സ്പോൺടേനിയസ് ആണ് അത് വിചാരിക്കൽ വേണമെന്ന് വെച്ച് ചിന്തിക്കലല്ല ചിന്ത എന്നുള്ളത് അങ്ങനെ ഇഴുകിച്ചേർന്നിരിക്കുന്നു അത് ഭഗവാൻ ഉള്ളില് ഇറങ്ങിച്ചെന്നിരിക്കുന്നു അപ്പോൾ ശരണാഗതി ധർമ്മം തന്നെയാണ് ആത്മനിവേദനം ശരണാഗതി ധർമ്മം തന്നെയാണ് ഭാഗവതധർമ്മത്തിന്റെ ലക്ഷ്യം ഭാഗവതധർമ്മമേ ശരണാഗതി ധർമ്മം അങ്ങനെ സർവേശ്വരന് ശരണാഗതി ചെയ്താൽ പിന്നെ ഈ ജീവന് ഭയപ്പെടാനായിട്ട് ഒന്നുമില്ല ആ ജീവന്റെ കാര്യത്തിൽ ഈശ്വരനാണ് ചുമതല യോഗക്ഷേമം വഹാമ്യഹം യാതൊന്നിലും ഈ ജീവൻ ഇനി ഭയപ്പെടാനില്ല ആ ശരണാഗതിക്ക് ഈ ജീവനെ പക്വപ്പെടുത്തുന്നതാണ് ഭജനവിധി ഭജനവിധീനസ്ഥിത മോഹമാർഗേം ഭജനവിധി എന്താണ് വെച്ചാൽ ശൃണ്വൻ സുഭദ്രാണിരംഗപാണേം जन्मानि चयानि गीतानि ജർ ചാരി गायन ഗീതാ विचरेत ഗായൻ വിലജ്ജോ വിചരേത് അസംഗ അത് ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്ത് ലജ്ജവിട്ട് നർത്തനം ചെയ്യുന്നു ഗാനം ചെയ്യുന്നു കഥകൾ കേൾക്കുന്നു ശ്രേയോ മാർഗേഷു ഭകബുമതി ജന്മ കമാണി ഭൂയ ഗായൻ ക്ഷേമാണിമാ അപ്പ തദുഭയത പ്രദൃത പ്രദൃതത്മാ ഉയഹാസ കൂഹചിദിരുദൻ കർൻ പ്രഗായൻ ഉന്മാവ പ്രയി കുരു കരുണ ലോകബാഹ്യേ ഇതൊക്കെ മഹദനുഗമലഭ്യ മഹാത്മാക്കളുടെ കൃപ കൊണ്ട് ഏർപ്പെടുന്ന ഭക്തി ഭക്തി അങ്ങനെ തന്നെ ഉണ്ടാവണം ഭക്തേ ഉത്പത്തി വൃദ്ധി തപചരണജുഷാം സംഗമേനൈവ് ഭഗവത് ഭക്തന്മാരുടെ സംഘത്തിൽ സത്സംഗത്തിൽ ഭക്തി ഉത്പത്തിയാവുന്നു സത്സംഗത്തിൽ ഭക്തി വളരുന്നു സത്സംഗത്തിൽ ഭക്തി പരിപൂർത്തിയാവുന്നു സത്സംഗത്തിലെ ഭക്തിയുടെ വളർച്ചയും പരിപൂർത്തിയും എല്ലാം സത്സംഗത്തിലെ ഏർപ്പെടുന്നു അപ്പൊ അങ്ങനെയുള്ള ഭക്തി ഭക്തിമാർഗമാണ് എനിക്ക് രുചി അനേക മാർഗങ്ങളുണ്ടെങ്കിലും ഭട്ടതിരി പറഞ്ഞു ഭഗവാനെ ശ്രേയോ മാർഗേഷു ഭക്തവും അധിക ബഹുമതി ബാക്കിയുള്ളതിനോടൊന്നും വിരോധമില്ല പക്ഷെ എനിക്ക് ഭക്തി വേണം ആ ഭക്തി എങ്ങനെ ഉണ്ടാവണം എന്ന് വെച്ചാൽ ജന്മകർമാണി ഗായന് ഭഗവാന്റെ കഥകള് ലീലാകഥകള് കേൾക്കണം കേട്ടാ പോരാ മറ്റുള്ളവരോട് പറഞ്ഞ് രസിക്കണം ഗാനം സം കീർത്തോ മാം യശ്ച ദൃഢവ്രത മാം ഭക്യാത്യുക്ത ഉപാസത്തെ അതാണ് ഭജനവിധി ഒമ്പതാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ ഭജനവിധിയേയും പറയുന്നു യോഗക്ഷേമം വഹാമ്യഹം ശരണാഗതിയെയും പറയുന്നു അപ്പൊ സതതം കീർത്തയന്തോ സദാ കീർത്തനം ചെയ്യുന്നു ജവം ചെയ്യുന്നു ചിലപ്പോ പാടി നർത്തനം ചെയ്യുന്നു രാവിലെ എഴുന്നേറ്റാൽ രാത്രി വേറെ എന്തെങ്കിലും വിധത്തിൽ മനസ്സ് ഏനക്കേനാപി ഉപായേന മനഃ കൃഷ്ണേ നിവേശ ചെയ്യരുത് മനസ്സെങ്ങനെയെങ്കിലും ഭഗവാനിൽ നിൽക്കണം ഇതിനാണല്ലോ ഭജനവിധി അപ്പൊ ഭജനവിധി എങ്ങനെ ഉണ്ടാവണം ചിലപ്പോ ഗായന് ചിലപ്പോ ജപന് നൃത്യന് പ്രദക്ഷിണം കുറുവന്ന് ശൃണ്വന്ന് കഥ എല്ലാം ഭജനവിധിയിൽപ്പെട്ടു ഭഗവത് കഥകളെ ചിലപ്പോ കേൾക്കാം ചിലപ്പോ ആടുന്നു പാടുന്നു നർത്തനം ചെയ്യുന്നു രാവിലെ ഉറങ്ങി എഴുന്നേറ്റാൽ നേരത്തെ എഴുന്നേറ്റാൽ പ്രഭാതത്തിൽ സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് എഴുന്നേൽക്കുമ്പോ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ തന്നെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് എഴുന്നേൽക്കണം പ്രാതസ്മരാമി പരമേശ്വര പാദപത്മം ശ്രുതിച്ചുകൊണ്ട് എഴുന്നിട്ട് എന്നിട്ട് കുളിച്ചു വന്നു ഭഗവാനെ കുളിപ്പിക്കാം ഭഗവാനെ പള്ളി ഉണർത്തുക ഭഗവാൻ അഭിഷേകം ചെയ്യാം പൂജിക്കാം ഭക്തിക്ക് ഒരു രുചി ഭക്തിക്ക് അതിന്റേതായ ഒരഴക ഭഗവാന് ദീപാരാധന കാണിക്കാം എന്നിട്ട് പുഷ്പം പറിച്ചു കൊണ്ടുവന്ന് ഭഗവാനെ പൂജിക്കുന്നു അർച്ചിക്കുന്നു ആരാധിക്കുന്നു സ്തോത്രങ്ങൾ ചൊല്ലുന്നു കുറച്ചുനേരം ധ്യാനനിഷ്ഠനായിട്ട് ഇരിക്കുന്നു ദിവ്യക്ഷേത്രങ്ങൾ ദർശിക്കുന്നു പ്രദക്ഷിണം ചെയ്യുന്നു നമസ്കരിക്കുന്നു സമയം കിട്ടുമ്പോൾ ഭഗവത് കഥകൾ ചൊല്ലുന്നു കേൾക്കുന്നു രാത്രി കടക്കുന്നവരെ എങ്ങനെങ്കിലും മനസ്സ് ഭഗവത് സ്മരണത്തിൽ ജപമായിട്ടും ധ്യാനമായിട്ടും സദ്ഗ്രന്ഥ പാരായണമായിട്ടും നാമസങ്കീർത്തനമായിട്ടും സത്സംഗത്തിലായിട്ടും അങ്ങനെ ഭക്തിസാധനകളിലെ കഴിച്ച് രാത്രി അങ്ങനെ കടക്കണം ഒരു ഭക്തൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ശതാഭിഷേകം എൺപതാമത്തെ വയസ്സ് വളരെ നിർബന്ധിച്ച് പ്രസംഗം ചെയ്യാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്തു പറയും പ്രസംഗിക്കാൻ എനിക്ക് ശതാഭിഷേകം എന്ന് ഇന്നാണ് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ എട്ടാമത്തെ വയസ്സിൽ എൻറെ അച്ഛൻ എനിക്ക് രണ്ട് കയ്യിലും ഓരോ ചപ്പളാക്കെട്ട് തന്നിട്ട് നാമസങ്കീർത്തനം ചെയ്യാൻ പറഞ്ഞു അത് കൈ തൂക്കി കൊറേ ദിവസമായി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണു ഇന്നൊരു ദിവസം ചുവട്ടില് വെച്ചപ്പോ നാലുപേര് വന്ന് പറയണു നിങ്ങൾക്ക് ശതാഭിഷേകമാണെന്ന് എൺപതാമത്തെ വയസ്സ് എട്ട് വയസ്സിൽ ജവം ചെയ്യാനും സങ്കീർത്തനം ചെയ്യാനും ആരാധന ചെയ്യാനും ഭജന ചെയ്യാനും തുടങ്ങിയപ്പോ എൺപത് വയസ്സായത് അറിഞ്ഞില്ല അത്രേ അതാണ് പരയുടെട പാല് നുകർന്ന ഭാഗ്യവാൻമാർക്ക് ഒരു പതിനായിരം ആണ്ടൊരു അല്പനേരം ഭഗവത് ഭക്തി ചെയ്ത് ഭജനം ചെയ്ത് തുടങ്ങുമ്പോ വയസ്സാവണത് അറിയില്ല വാർദ്ധക്യമാവണത് അറിയില്ല ലോകത്തിൽ എന്ത് നടക്കണെന്നേ അറിയില്ല ഒരു ഭക്തൻ പറഞ്ഞു ലൗകികന്മാരൊക്കെ ചോദിച്ചു നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചു ഞങ്ങൾ ആനന്ദമായിട്ടിരിക്കണു എന്ന് ഭക്തൻ പറഞ്ഞു വീട്ടിൽ പല കഷ്ടങ്ങളുണ്ട് എന്നിട്ടും ആനന്ദമായിട്ടിരിക്കണു ആ ആനന്ദത്തിന്റെ വഴി ഞങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞു തന്നൂടെ ഭക്തൻ പറഞ്ഞു യു എം വയം വയം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ലൗകികന്മാര് യു എം യു എം വയം വയം ഇത് തമ്മിൽ ചേരുകയല്ല പറഞ്ഞു തരും ഞങ്ങളുടെ മാർഗമേ വേറെ നിങ്ങളുടെ മാർഗമേ വേറെ ഞങ്ങൾ സുഖമായിട്ടിരിക്കാൻ ടെക്നിക്ക് എന്നൊന്നും പറഞ്ഞ് ആരാഞ്ഞില്ല ഭഗവത് ഭജനം എന്ന് പറഞ്ഞ് കയ്യിൽ സങ്കീർത്തനം ചെയ്യാൻ തമ്പുരാവോ ജപുമാലയോ ചപ്പളാക്കട്ടയോ എടുത്താൽ വയസ്സാവണത് അറിയുന്നില്ല ലോകത്തിലെ എന്തൊക്കെ ദുഃഖമുണ്ടെങ്കിലും അറിയണില്ല നിങ്ങളോ ദുഃഖത്തിന് കൊടുക്കുന്ന വസ്തുക്കളുടെ പുറകെ ഓടിക്കൊണ്ടേയിരിക്കുന്നു എന്നിട്ട് ദുഃഖിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും അത് ദുഃഖം തരും അപ്പോ ഭഗവത് ഭജനവിധിയെ ആശ്രയിക്കണം ഭഗവത് കഥകളെ കേൾക്കണം സങ്കീർത്തനം ചെയ്യണം ധ്യാനം ചെയ്യണം ജപം ചെയ്യണം ആരാധന ചെയ്യണം ചില പേര് ചുമ്മാ ഇരിക്കും അവർക്ക് അതൊന്നും വേണ്ട അങ്ങനെയുള്ളവരും ഉണ്ട് ഇതൊന്നുമില്ലാത്തവരും ഉണ്ട് ഇതൊന്നുമില്ലാതെ അവർ പറഞ്ഞു ചുമ്മാ ഇരുന്തോങ്കും സുഖം ഒന്നും വേണ്ടാത്രേ ചുമ്മാ ഇരുന്തോങ്കും സുഖം തന്നിലേ ഇരുന്നു കൊണ്ട് തന്നെയേ അനുഭവിച്ച് തന്നിലേ രമിച്ചുകൊണ്ടിരിക്കുന്നവർ അവർക്ക് ഇതൊന്നും വേണ്ട അത് ലക്ഷ്യസ്ഥാനം അത് ആത്മനിവേദനം അതെത്തിക്കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട അതെത്തിക്കഴിഞ്ഞിട്ട് ഇനിയിപ്പൊ ഇതൊക്കെ അനുഷ്ഠിച്ചാലും കുഴപ്പം വരാനില്ല പക്ഷെ ഈ ഭജനവിധിയൊക്കെ എന്തിനാണ് ഈ ഭജനവിധി ജീവന് പരാഭക്തിയുടെ അനുഭവം ഉണ്ടാക്കി കൊടുക്കണോ അതാണ് പ്രദ്രുതം പ്രദ്രുതത്മാ ഹൃദയം ഉരുകുന്നു ഉരുകി ഉദ്യത് ഹാസ കഥാചി ചെലപ്പോ ചിരിക്കും ഇതൊക്കെ പ്രഹ്ലാദന്റെ ഭക്തിയാണ് പറയണത് ഇവിടെ ക്വചിദ്രുതതി വൈകുണ്ഠ ചിന്താശേതന ക്വചിത് ഹസതി തച്ചിന്താഹ്ലാദ ഉദ്ഗായതി ക്വചിത് ചിലപ്പോ ചിരിക്കുന്നു ചിലപ്പോ കരയുന്നു ചിലപ്പോ നർത്തനം ചെയ്യുന്നു ക്വാഭി ഗർജൻ പ്രകായൻ ചിലപ്പോൾ ചെയ്യുന്നു ഭാവാശം ഭാവാവേഷം ഉണ്ടാവുമ്പോ ഭഗവാനല്ലാതെ ഒന്നുമില്ല അപ്പൊ ഉള്ളവരൊക്കെ ഉന്മാഅീവ പ്രത്യം ഇയാൾക്ക് ഭ്രാന്താണ് പറയൂ അത്രയും ലൗകികരും നമുക്ക് തരണം ഒരു സർട്ടിഫിക്കറ്റ് ലോകത്തിലുള്ളവരൊക്കെ മഹാത്മാ മഹാത്മാ എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കണം വട്ടിത്തിരി ഇളകിയിട്ടുണ്ട് എന്ന് പറയണോ അവര് തലയിൽ രണ്ട് സ്ക്രൂ ഇളകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പാടാ നല്ല സമാധാനം നമ്മൾ യൂ എം വയം വയം ഒരേ വഴിയിൽ പോയിക്കൊണ്ടിരുന്നാൽ വെട്ടെന്ന് പറയില്ല വേറെ വഴിയിൽ പോണ ഒരാളെ കാണുമ്പോഴാണ് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടെന്ന് പറയാം അങ്ങനെ പറയണ അത്ര അതാണ് ഉന്മാദീപ്രനൃത്യം ഐ ഗുരു കരുണാം ലോകബാഹ്യശരേയം ലോകത്തിൽ നിന്നും ഞാൻ ബാഹ്യനായി ചരിക്കാം ലോകത്തിലുള്ളവരൊക്കെ ബാഹ്യനാക്കും എന്താന്ന് വെച്ചാൽ ലോകത്തിന് അതിൻ്റെതായ സ്വഭാവം അതാണ് യൂ എം ഭക്തന്മാർക്ക് വയം വയം ഇവരാനന്ദമായി സങ്കീർത്തനം ചെയ്ത് ഭജിച്ചുകൊണ്ട് ആരാധന ചെയ്തുകൊണ്ടിരിക്കുന്നു ലോകത്തിലുള്ളവരാണെങ്കിൽ ഇതിനോട് യോജിക്കില്ല അവർക്ക് പുറത്ത് ഈ ജപമാലിയും കൊണ്ടുപോയാൽ നാലുപേരെ വിചാരിക്കും പബ്ലിക്ക് വെച്ച് നാമസങ്കീർത്തനം ചെയ്ത എന്നെക്കുറിച്ച് നാലുപേരെ വിചാരിക്കും ഋഷികേശിൽ സ്വാമി ശിവാനന്ദ സരസ്വതി ഉണ്ടായിരുന്നു അദ്ദേഹം മലേഷ്യയില ഡോക്ടറായിരുന്നു ഡോക്ടർ കുപ്പസ്വാമി എന്നാണ് പേര് പൂർവാശ്രമത്തിലായിരുന്നു എപ്പോ നോക്കിയാലും കയ്യില ചപ്പള അകറ്റി ഉണ്ടാവും ബാഗില ആശുപത്രിയില ട്രീറ്റ്മെന്റ് ചെയ്യിപ്പോ ഭക്തൻമാർ വന്നാൽ ആദ്യം രണ്ട് ചപ്പള കട്ട് എടുത്ത് നാമ സംഗീർത്തനം ചെയ്യത്തെ ഭജന പാടിട്ട് അവരോട് പറയും മർന്നൊന്നും കേടണ്ട നാമോപതി നാമം ജപിച്ചാമതി എന്നാണ് അലോപ്പതി ഹോമിയോപ്പതി നാച്ചുറോപ്പതി ഒന്നുമില്ല നാമോപ്പതി എന്നാണ് അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് നാമോപദേശം ചെയ്യും അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഇദ്ദേഹത്തിന് വല്യ ഇഷ്ടമാണ് അവര് പറയും കുപ്പുസ്വാമിയെ ഒരു കാട്ടിലൊക്കെ ഉണ്ടാക്കിയാൽ കാട്ടിലുള്ള മൃഗങ്ങളുടെ കൂടെ കൂട്ടുകൂടും അത്ര നല്ല സ്വഭാവം പക്ഷേ അവരുടെ ഒക്കെ അരിസ്റ്റോക്രാറ്റിക് സൊസൈറ്റിയിലുള്ളവരാണ് അതുകൊണ്ട് എന്തെങ്കിലും കല്യാണമോ പാർട്ടിയോ അങ്ങനെ വലതുമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വിളിക്കില്ല എന്താ വിളിച്ചാൽ അവർക്കറിയാം വെറുതെ വരില്ല കൂടാതെ അവരുടെ ഒരു ചപ്പളാക്കട്ടയും ഗഞ്ചറാവും എടുത്തോണ്ട് വരും അവർക്കാണെങ്കിൽ അത് വേറെ വിധത്തിലുള്ള കൂട്ട് അവരുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ യു എം വയം വയം അത് വേറെ വിധമായിട്ടിരിക്കും പക്ഷെ ഇദ്ദേഹത്തിന് ഈ ഭേദബുദ്ധി ഇല്ല ഇപ്പൊ കല്യാണം പാർട്ടി അദ്ദേഹത്തിന് ഒരു കൂട്ടുകാരൻ പിന്നാലത്ത് പറഞ്ഞതാണ് അദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണെങ്കിലും നാലു പേരുടെ മുമ്പ് ഇയാൾ അദ്ദേഹത്തിനെ കൂടെ കൂട്ടിക്കൊണ്ടുപോകാനൊരു ഒരു ഒരു മാനക്കേടാണ് ശിവാനന്ദ ഗുപ്പുസ്വാമിയുടെ കൂടെ നടക്കാൻ ഒരു വലിയ മാനക്കേടാ എന്താന്ന് വെച്ചാൽ ഇദ്ദേഹം വഴി കൂടി പോകുമ്പോ പെട്ടെന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ പാട്ട് തോന്നിയാൽ ഉറക്കെ പാടി ആടാൻ തുടങ്ങും കൂടെ ഇരിക്കുന്ന ഇയാളുടെ കൈയും പിടിച്ചുകൊണ്ട് ആടുകത്രെ വെറുതെ വിടില്ല ഇയാളെ കൊണ്ട് ആടാൻ വെക്കും അപ്പൊ അദ്ദേഹത്തിന് വീട്ടില് അദ്ദേഹത്തിന്റെ കല്യാണം കല്യാണം വളരെ മോഡേൺ ആയിട്ടുള്ള സ്റ്റൈലിലാണ് നടത്തുന്നത് അപ്പോ വളരെ ജാഗ്രതയായിട്ട് ഡോക്ടർ കുപ്പുസ്വാമിയെ അറിയിച്ചില്ല കല്യാണത്തിന് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം വന്നിട്ട് ഈ വളരെ അരിസ്റ്റോക്രാറ്റിക് ആയിട്ട് സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ട് നടത്തുന്ന ഫംഗ്ഷനിൽ ഇദ്ദേഹം വന്നാൽ കുഴപ്പമുണ്ടാവും അറിയിച്ചില്ല പക്ഷെ ആ കല്യാണത്തിന് എല്ലാ ആളുകളൊക്കെ കൂടി ഓർക്കു വേണ്ടി ഏർപ്പാട് ചെയ്ത് വെച്ചിരിക്കുമ്പോ എവിടുന്നോ കേട്ടു അത്ര നാമസങ്കീർത്തനം കൃഷ്ണഗോവിന്ദ തുടങ്ങി നോക്കിയപ്പോ അദ്ദേഹം എത്തിയിരിക്കുന്നു നാലുപേരെയും കൂടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കണു മദ്ധളക്കാരൻ ഒരു ഗഞ്ചരാ തമ്പുരാക്കെ ആയിട്ട് വന്നിട്ട് പറഞ്ഞു നീ എനിക്ക് വളരെ വേണ്ടപ്പെട്ട കൂട്ടുകാരനല്ലേ എന്നെ വിളിക്കാൻ മറന്നു സാരമില്ല ഞാനായിട്ട് വന്നു അതാണ് ഭക്തന്മാരുടെ ലക്ഷണം അവിടെ മാനാപമാനയോഹോ തുല്യ തുല്യോ മിത്രാരിപക്ഷയോഹോ അവിടെ മാനമില്ല അപമാനമില്ല സങ്കീർത്തനം ചെയ്യലും ഭഗവത് ഭക്തിയെ എല്ലാവരിലും എത്തിക്കുക എന്ന് വ്രതമെടുത്തിരിക്കുന്നു ആ വ്രതമെടുത്തപ്പോ അവൻ എത്ര ഇഷ്ടമുള്ളവനോ ഇഷ്ടമില്ലാത്തവനോ എങ്ങനെയോ ആവട്ടെ അങ്ങട്ടെ വരാ സങ്കീർത്തനത്തിനായിട്ട് എത്തും ആണ് അങ്ങനെ ലജ്ജവിട്ട് സങ്കീർത്തനം ചെയ്യാം ജപം ചെയ്യ ചിലർക്ക് സങ്കീർത്തനത്തില് പ്രിയം ചിലർക്ക് ജപത്തില് പ്രിയം ചിലർ സങ്കീർത്തനത്തിൽ ആടുകയും പാടുകയും മതിക്കുകയും ചെയ്യും ചിലര് ശാന്തമായിട്ട് ഏകാന്തത്തിലിരുന്ന് ജപിക്കും ഏതെങ്കിലും ഒരു മാർഗത്തിനെ ഭജനവിധിയായിട്ട് സ്വീകരിക്കണം ഒന്നിൽ ഭജനം നാമസങ്കീർത്തനമായി കീർത്തനം ചെയ്യാം നർത്തനം ചെയ്യാം ഭഗവാനെ കുറിച്ച് പാടുക എല്ലാവർക്കും പാടാൻ പറ്റില്ല പാടാൻ പറ്റില്ല പാട്ടിൽ രുചിയില്ലെങ്കിൽ എന്താ തനിച്ചിരുന്ന് ഏകാന്തത്തിലിരുന്നു ഭഗവാന്റെ നാമം ശാന്തമായിട്ട് ജപിക്കാം സമയം കിട്ടുമ്പോഴൊക്കെ ജപിക്കാം നാമജപത്തിന് യാതോ ഒരു വിധി നിഷേധമില്ല മന്ത്രജപമാണെങ്കിൽ ദീക്ഷാതെ ഇത് എന്നൊക്കെ പറയും ഇത് യാതൊരു വിധി നിഷേധമൊന്നുമില്ല നാമസങ്കീർത്തനം നാമജപം ഇനിയിപ്പോ മന്ത്രം നമുക്ക് ആരെങ്കിലുമൊക്കെ ഉപദേശിച്ചു തരികയാണ് അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി നാമമോ മന്ത്രമോ കിട്ടുകയാണെങ്കിൽ അതും ഏകാന്തത്തിലിരുന്ന് ജപിക്കാൻ സ്വസ്ഥമായിട്ട് യജ്ഞാനാം ജപയജ്ഞോസ്മി ബാക്കിയുള്ള ജപ യജ്ഞങ്ങൾക്കൊക്കെ ദ്രവ്യം വേണം പണച്ചെലവളുകൾ വേണം ഇതൊന്നുമില്ല തനിക്ക് താൻ മാത്രം മതി നാവൊന്നേ വേണ്ടു ഹരിനാരായണായ നമ്മൾ നാവൊന്നു മാത്രം മതി ഏകാന്തത്തിലിരുന്ന് ജപിക്കാൻ അതെങ്ങനെ വേണം ഏവം വ്രതസ്വപ്രിയനാമ കീർത്തിയാം വ്രതം എടുക്കണോ അത്രയും വ്രതം ജപം എന്നുള്ളത് പറയാം പക്ഷെ ജപം അത്ര എളുപ്പമല്ല സാധാരണ മനുഷ്യൻ ജപം വ്രതമായിട്ടെടുക്കണം ജപം എങ്ങനെ വ്രതമായിട്ട് എടുക്കണം എന്ന് വച്ചാൽ ഒരു ദിവസം ഇത്ര ജപം ചെയ്യും പലരും ചോദിക്കും സംഖ്യ വെക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും സംഖ്യ എന്തിനു വേണ്ടി വെക്കുന്നു എന്ന് വെച്ചാൽ പരിശീലനമാവാനായിട്ട് അല്ലെങ്കിൽ മനസ്സ് നമ്മളെ പറ്റിച്ചു കളയും സംഖ്യ വേണം എന്നില്ലേ ഇത്ര മണിക്കൂർ നേരം ജപിക്കും എന്ന് വെച്ചാലും മതി അതായത് ആ ഒരു നിഷ്ഠ ഭഗവാനോടുള്ള കടപ്പാട് തീർക്കാനായിട്ട് ഇത്ര മണിക്കൂർ നേരം ഇത്രയും നേരം ഒരു ചുരുങ്ങിയത് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നേരം ജപം ചെയ്യും ആ സമയം ഒരേ സ്ഥലത്തിരുന്ന് ഒരേ ഇരുന്ന് ജപം ചെയ്യാം അതും ആരംഭത്തിൽ എങ്ങനെ വെക്കണം എന്ന് വെച്ചാൽ നാൽപ്പത്തിയെട്ട് ദിവസം അല്ലെങ്കിൽ ഒരു ഇരുപത്തിയെട്ട് ദിവസം മുടക്കാതെ ജപിക്കും എന്നെടുക്കണം അതാണ് ഭക്തിവ്രതം സാധനാ ഒരു ഇരുപത്തിയെട്ട് ദിവസം മുടക്കാതെ ജപിക്കും കഴിയുന്നവർക്ക് നൂറ്റിയെട്ട് ദിവസമോ ഒരു വർഷമോ അല്ലെങ്കിൽ അക്ഷരസംഖ്യമോ അക്ഷരലക്ഷം ജപമോ എങ്ങനെയാ വേണമെങ്കിലും എടുക്കാം ആ ഒരു വ്രതം പൂർത്തി ചെയ്യാൻ എന്തു വന്നാലും അതിന്റെ നടുവിൽ മുടക്കരുത് മനസ്സ് കൂട്ടുനിൽക്കട്ടെ മനസ്സ് കൂട്ടു നിൽക്കാതെ ഇരിക്കട്ടെ നമുക്ക് മൂഡുണ്ടെങ്കിൽ ശരി ഈ മൂടാണ് വലിയൊരു കുഴപ്പം സാധനിക്കുന്നത് എനിക്കിന്ന് മൂഡ് തോന്നണില്ല എവിടുന്ന് വന്നു ആവോ ഈ ഒരു വാക്ക് ഊണ് കഴിക്കാൻ ആരും മൂട് നോക്കിയിട്ട് കഴിക്കണില്ലല്ലോ സമയാസമയത്തിന് വെള്ളുവെള്ളുന്ന പോയിക്കൊണ്ടിരിക്കും ഭക്തിക്ക് മാത്രം എവിടെ ഈ മൂട് വന്നു സാധനയ്ക്ക് ഊണ് കഴിക്കാൻ ഇന്നൊരു ദിവസം മൂടില്ലാതുകൊണ്ട് ഊണ് കഴിക്കണില്ലാമെങ്കിൽ നമുക്ക് മൂടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതുമാത്രം നടക്കണു മുറയ്ക്കും അപ്പൊ അതേപോലെ ഭക്തി സാധനയിലും എന്ത് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും മനസ് നമ്മളെ വഴിതെറ്റിക്കാനുള്ള എല്ലാ വഴിയും നോക്കും അതുകൊണ്ട് മനസ്സിനെ ആശ്രയിക്കാതെ സാധന ചെയ്യണം എന്ന് ഭാഗവതം നവയോഗി ഉപാഖ്യാനത്തിൽ പറഞ്ഞു ആദൌ മനസഹ അസംഘം സംഗമിച്ച സാധുഷു മനസ്സിനോട് സംഘം വെക്കരുത് സാധുക്കളോട് സംഘം വെക്കണം എന്ന മനസ്സ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനെ വിശ്വസിച്ച് ജന്മജന്മമായി നമ്മൾ വഴിപഴച്ചുപോയി അതുകൊണ്ട് മനസ്സെന്ന് പറയുന്ന ആ കൂട്ടുകാരൻ നമ്മളെ വഴിതെറ്റിക്കും എന്ന് അറിഞ്ഞ് മനസ്സിനോട് പറയുക മനസ്സേ നീ ലോകത്തിൽ എവിടെ വേണമെങ്കിൽ അലഞ്ഞോളൂ എങ്ങോട്ട് വേണമെങ്കിൽ പോയിക്കോളൂ ഞാൻ ജപിക്കേണ്ടത് ജപിക്കും മനസ്സ് പറയും ഏ നിനക്ക് ഏകാഗ്രത വേണ്ടേ താൻ തരണ ഏകാഗ്രത എനിക്ക് വേണ്ട ഭഗവാൻ തരണ ഏകാഗ്രത കിട്ടിക്കും മനസ്സിന്റെ ഏകാഗ്രതയല്ല വേണ്ടത് മനസ്സിനെ എങ്ങോട്ട് അഴിച്ചുവിട്ടിട്ട് ജപം ചെയ്യുക ഭഗവത് കൃപ കൊണ്ട് മറ്റൊരു ഏകാഗ്രത വരും ഉള്ളിൽ മനസ്സലഞ്ഞോട്ടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയേ വേണ്ട മനസ്സിനെ പിടിച്ചു നിർത്തി ഒരു ദിവസമൊക്കെ വിജയിച്ചാലും രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ ഏത് മനസ്സ് നമ്മളെ വിജയിപ്പിച്ചോ ആ മനസ്സെ വഴിതെറ്റിക്കും അത് ആ മനസ്സാണ് ഈ മൂഡ് ഓഫ് ഒക്കെ കൊണ്ടുവരുന്നത് അന്നലെ വളരെ സുഖമായിരുന്നു ഇന്ന് ഈ സുഖമില്ല അതുകൊണ്ട് വേണ്ട ഇതാണ് അതിന്റെ സുഖ ദുഃഖത്തിൽ പിടിച്ച് നമ്മളെ നിർത്തും അതുകൊണ്ട് മനസ്സ് ഇഷ്ടപ്പെടട്ടെ മനസ്സ് ഇഷ്ടപ്പെടാതിരിക്കട്ടെ മനസ്സ് കൂട്ടു നിൽക്കട്ടെ കൂട്ടു നിൽക്കാതെ ഇരിക്കട്ടെ മനസ്സ് ഏകാഗ്രമായിരിക്കട്ടെ എന്തൊക്കെയായാലും ഭഗവൻ നാമ ജപം ചെയ്യൽ സങ്കീർത്തനം ചെയ്യൽ ആരാധന ചെയ്യൽ വ്രതമായിട്ടിടിക്കും ഭഗവത് ആരാധന എന്നുള്ളത് വ്രതമായിട്ടെടുത്താൽ ഏവം വ്രതസ്വപ്രിയ നാമ കീർത്തിയാ അങ്ങനെ കുറേ ദിവസം വ്രതമായിട്ട് ചെയ്താൽ ഇരുപത്തെട്ട് ദിവസം അത് കഴിഞ്ഞാൽ ചിലപ്പോൾ വന്നാൽ പിന്നെയും തുടങ്ങണം ഒരു നൂറ്റിയെട്ട് ദിവസം ഒരു വർഷം കഴിയുന്ന രീതിയിൽ അവരവർക്കാവുന്ന രീതിയിൽ അങ്ങനെ മുടക്കാതെ അനുഷ്ഠിച്ചാൽ കുറച്ചു കഴിയുമ്പോൾ ഇത്ര ജന്മമായി നമ്മൾ എന്തനുഷ്ഠിച്ച് അഭ്യാസം വരുത്തിയിരിക്കണോ അതിനെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിനെ ഒന്ന് അഭ്യാസമാക്കി ജപം എന്നുള്ളതൊരു അഭ്യാസമാക്കി എടുത്താൽ കുറച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വിടണം എന്ന് വിചാരിച്ചാലും ഒരു ദിവസം ഉപേക്ഷിക്കാൻ പറ്റില്ല അത് അഭ്യാസമാക്കി എടുത്തു കഴിഞ്ഞു എന്ന് വെച്ചാൽ ഏവം വ്രതസ്വപ്രിയനാമ കീർത്തിയാജാത അനുരാഗ അനുരാഗമുണ്ടാവും വ്രതം കൊണ്ട് അനുരാഗമുണ്ടാവും തപസ്സുകൊണ്ട് ശ്രദ്ധയുണ്ടാവും വ്രതം കൊണ്ട് അനുരാഗമുണ്ടാവും ക്രമേണ വ്രതം ചെയ്ത് ചെയ്ത് ചെയ്ത് മനസ്സിന്റെ ബലം ക്ഷയിക്കും മനസ്സിന്റെ ബലം എന്താണെന്ന് വെച്ചാൽ മനോബലം നമ്മളെ മനസ്സ് നിയന്ത്രിക്കണു അതാണ് മനസ്സിന്റെ ബലം മനസ്സിന്റെ ബലം കൊണ്ട് ജീവന് കരകയറാൻ പറ്റില്ല ആത്മാവിന്റെ ബലം കൊണ്ട് വേണം കരകയറാൻ ആത്മാവിന്റെ ബലം എപ്പോ ഉണ്ടാവും മനസ്സിന്റെ ബലം എപ്പൊ ക്ഷയിക്കണമോ അപ്പൊ ആത്മാവിന്റെ ബലം ഉണ്ടാവും ആത്മാവിന്റെ ബലം വരണമെങ്കിൽ മനസ്സിന്റെ ബലം ക്ഷയിക്കണം മനസ്സിന്റെ ബലം എന്താന്ന് വെച്ചാൽ ജപിക്കാനിരിക്കുമ്പോൾ ഇതാ പറയണു അതാ ഉമർത്ത് ആരോ വന്നിരിക്കണുന്ന് പോയി നോക്കൂ അവരെന്തോ പറയണു നോക്കൂ പത്രം വായിക്കാം സിനിമയ്ക്ക് പോവാം ഇതൊക്കെ തോന്നും ആ സമയം ഇതൊക്കെ മനസ്സിന്റെ ബലം മനസ്സ് നമ്മളുടെ മേലെ തലതൂക്കണു ആ മനസ്സ് തല താഴ്ത്തണമെങ്കിൽ മനസ്സ് പറയണതിനെ ശ്രദ്ധിക്കാതെ ഗുരു പറയുന്നതിനെ അനുസരിച്ചാൽ അതാണ് ഗുരുവിന്റെ ആജ്ഞയെ അനുസരിച്ച് വേണം മനസ്സിന്റെ ബലത്തിനെ കുറയ്ക്കാൻ അങ്ങനെ മനോബലത്തിനെ ക്ഷയിപ്പിച്ചാൽ ആത്മബലം അധികമാകും മനോബലം എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് ദൌർബല്യം ദൌർബല്യം അതിന് ഭഗവത് നാമജപം ഭഗവത് ആരാധന നാമസങ്കീർത്തനം ഭജന അമ്പലത്തിൽ പോകുന്നത് ഇതൊക്കെ തന്നെ വ്രതമായിട്ടെടുത്ത് ചെയ്താൽ ജാതാനുരാഗോ ദ്രുതചിത്തുച്ച അനുരാഗ ഭക്തി ഉണ്ടാവും സാധനാഭക്തിയുടെ ഫലമായിട്ട് അനുരാഗ ഭക്തി ഉണ്ടാവും അനുരാഗ ഭക്തി ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ ചിരിക്കും ചിലപ്പോ കരിയും ചിലപ്പോ ആനന്ദം ഉണ്ടാവും എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവണം എന്ന് അർത്ഥമില്ലാട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടില്ലെങ്കിൽ വിഷമിക്കണ്ട അയ്യോ നമ്മൾക്ക് ഇങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ ഇനിയിപ്പോണ്ടായി നടിക്കും വേണ്ട അത് പിന്നെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും ഉണ്ടായിന്ന് പറഞ്ഞ് നടിക്കണ്ട ഭക്തി ഒന്നും നടിക്കുന്നത് കൊണ്ട് വരില്ല ഒന്ന് ഒണ്ടായതായി നടിക്കണ്ട വാസ്തവത്തിൽ ഉള്ളിൽ നിന്ന് അത് വരണം അങ്ങനെ വന്നിട്ടില്ലെങ്കിലും വേറെ തരത്തിൽ ശാന്തമായി അംബരീഷന് ഇങ്ങനത്തെ ഭാവമൊന്നും കണ്ടില്ലല്ലോ അംബരീഷന് ശാന്തഭക്തി അല്ലേ ചിലർക്ക് ശാന്തഭക്തിയായിരിക്കും ചിലർക്ക് വികാരഭക്തിയായിരിക്കും പലതരത്തിലുള്ള ഭക്തന്മാരുണ്ട് അതുകൊണ്ട് ഭക്തി ഉള്ളില് ആനന്ദമായിട്ട് ഭഗവത് അനുഭൂതിയായിട്ട് ഊറി ഊറി ഊറി വരണം അങ്ങനെ ഭക്തി വന്നാൽ ലോകബാഹ്യനായിട്ട് തീരും പിന്നെ ലോകത്തിൽ ഒന്നിനും കൊള്ളില്ല എന്നർത്ഥം ഭക്തി അഭിവൃദ്ധിപ്പെട്ട് വന്നാൽ പിന്നെ ആരെങ്കിലും കല്യാണത്തിന് വിളിച്ചാൽ അയ്യോ നമുക്ക് വയ്യ അവിടെ പോയാൽ യൂ എം യൂ എം വയം വയം അവരൊക്കെ വർത്തമാനം പറയണത് എന്തോ ആയിരിക്കണു അവരുടെ സ്വഭാവമൊക്കെ എന്തോ ആയിരിക്കണു അതിന്റെ നടുവിൽ നിൽക്കാൻ വയ്യ അതിന്റെ എവിടെയെങ്കിലും അതിന്റെ നടുവിൽ കൂട്ടത്തിന്റെ നടുവിൽ നമ്മളെ പോലെയേ സ്ക്രൂ ഒത്തിരി ലൂസായ ഒരാളെ കണ്ട പരമസന്തോഷം അവിടെ എന്തെങ്കിലുമൊക്കെ ഭഗവാനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാം ഭഗവത് തത്വങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ ആ ലൗകിക കൂട്ടത്തിനിടയിൽ നമ്മൾ എന്ത് ചെയ്യും അവരുടെ കൂട്ടത്തിന്റെ ഇടയിൽ ഒന്നും കൊള്ളില്ല അതിന്റെ ഇടയിൽ ഇരിക്കാൻ പറ്റില്ല അപ്പോ ഈ ഭക്തി സാധനയൊക്കെ ലൗകിക സമ്പർക്കം കൊണ്ട് പോയിപ്പോകും ചൈതന്യ മഹാപ്രഭു ഒരിക്കല് നാമസങ്കീർത്തനം ചെയ്ത് ചെയ്ത് ഉന്മാദ ലഹരിയില് സമുദ്രത്തിൽ വീണു സമുദ്രത്തിൽ വീണപ്പോ ഒരു മുഖുവൻ ആർക്കും ചാടാൻ ധൈര്യമില്ല കടലിൽ ചാടിയ ഒരു മുകുവൻ തന്റെ വല കൊണ്ട് ചൈതന്യ മഹാപ്രഭുവിനെ കെട്ടി ചൈതന്യ മഹാപ്രഭുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയ്ക്ക് കൊണ്ടുവന്നിട്ടു കരയ്ക്ക് കൊണ്ടുവന്നിട്ടതും ആ മുകുവന് ലഹരി പിടിച്ചു ഇദ്ദേഹത്തിന്റെ അംഗസ്പർശമേറ്റതോടുകൂടെ ആ മുകുവൻ ഉന്മാദ ലഹരിയില് ഉദ്യാസാജി ഗുഹജിതരുതന്ജൻ പ്രകായൻ ഉന്മാഅതീവ പ്രാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് നർത്തനം ചെയ്യാനും ആടാനും പാടാനും തുടങ്ങി ഇങ്ങനെ ചെയ്താൽ അവരുടെ കുലത്തൊഴിൽ എങ്ങനെ ചെയ്യും മീൻ പിടിക്കാനോ ഒന്നും വയ്യ ആ ഒരു ലഹരിയില് തന്നെ ആയി കുറച്ചു ദിവസം അപ്പൊ ആ മുഖോ സ്ത്രീകൾ വന്നിട്ട് ചൈതന്യ മഹാപ്രഭുവിനോട് പറഞ്ഞു ഇവരെ ഒന്ന് സാധാരണമാക്കിത്തരണം അപ്പോൾ ഇവന്റെ ഭക്തി ശരിക്കു വന്നതല്ല ഇദ്ദേഹത്തിന്റെ സാന്നിധ്യ വൈഭവം കൊണ്ട് വന്നതാണ് അപ്പൊ അത് എന്തായാലും പോകും പക്ഷെ കുറച്ച് വേഗം പോകണം അതാണ് അവരുടെ ആവശ്യം ചൈതന്യ മഹാപ്രഭു ഒരാളുടെ വീട് കാണിച്ചു കൊടുത്തു പരമലൗകികൻ ഭഗവത് വിഷയത്തിലോ ഭക്തിയിലോ യാതൊരു ശ്രദ്ധയില്ലാത്ത ഒരു ലൗകികന്റെ വീട് കാണിച്ചു കൊടുത്തിട്ട് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു അവരുടെ വീട്ടിൽ പോയി ഒരു അരി ഒരു പിടി അരി വാങ്ങിച്ചുകൊണ്ടുവന്ന് ചോറ് വെച്ച് പിന്നെ കൊടുത്താൽ ഈ ഭക്തിയൊക്കെ പോകും അവരങ്ങനെ ചെയ്തു അത്രേ അവരുടെ വീട്ടിൽ പോയി ഒരു പിടി അരി വാങ്ങിച്ചു കൊണ്ടുവന്ന് ചോറ് വെച്ച് കൊടുത്തു അതോടുകൂടെ ഈ ലഹരിയും ഭക്തിയും ആനന്ദവും ഒക്കെ പോയി എന്നാണ് അപ്പോ അങ്ങനെ ഒരു ആനന്ദഭക്തി ലഹരി ഏർപ്പെടുന്നുവപ്രിയനാമ കീർത്തിയാതരാഗോ ത്രുതചിത്തുച്ചതി ലോകബാഹ്യ ലോകബാഹ്യനായി ഉന്മാദം പിടിച്ചവനെ പോലെ നർത്തനം ചെയ്യുന്നു ആ അവസ്ഥയിൽ ജഗത്ത് മുഴുവൻ ഭഗവത് സ്വരൂപം ഖം വായുമഗ്നിം സലിം മഹിം ച്യോതിഷി സ്പനിശോ ദ്രുമാ സരി ഖം വം സലിം മഹിം ചൂതാൽ ആകാശം വായു അഗ്നി സലിലം വെള്ളം മഹി ഭൂമി ക്ഷത്രങ്ങൾ ഭൂമണ്ഡലം എല്ലാം തന്നെ ഹരിയുടെ രൂപമായിട്ട് തോന്നുന്നു ഭക്തിയുടെ പരമകാഷ്ടയിൽ ചരാചരം മുഴുവൻ ഹരിയുടെ രൂപമായിട്ട് തോന്നുന്നു ജഗത്ത് മുഴുവൻ ഭഗവാന്റെ രൂപമായിട്ട് തോന്നുന്നു കാണുന്നതൊക്കെ പ്രഭുവിന്റെ രൂപമായിട്ട് തോന്നുന്നു ഭഗവാനല്ലാതെ ഒന്നുമില്ല വാനാകി മണ്ണാകി ഒളിയാകി ി ഊനാകി ഉയരായി ഉന്മയുമായി കോനാഗിയൂത്താട്ടുപാനിൻ വാഴ്ത്തുവനെ മാണിക്കവാചക സ്വാമികൾ തിരുവാചകത്തിലെ ഭഗവാനെ പാടുന്നു സ്തുതിച്ച് സ്തുതിച്ച് അദ്ദേഹം പറയുന്നു ഭഗവാനെ വാനാകി ആകാശമായി ഭൂമിയായി സർവചരാചരങ്ങളുമായി നല്ലതും ചീത്തയും എല്ലാമായി അവിടെ നിന്ന് അറിഞ്ഞു നിൽക്കുന്നു ഞാൻ എങ്ങനെ സ്തുതിക്കും സ്തുതിക്കാനൊരു ഞാനില്ല ഇവിടെ ഭൂത ഭൂതാത്മകമപി സകലം പക്ഷിമത്സയാൻ മൃഗാദീൻ മർമിത്രാണി ശത്രുൂനഭി യമിതമതി ത്വന്മയാസേവായാം ഹി സിദ്ധ്യേത് മമതൃപയാ ഭക്തിദാർഡ്യം വിഗഹ തോപ്പിച്ച് ഭുവന പത്തെ യേദം വിനൈവ ഭൂത ഭൂതത്മകം പക്ഷിമത്യാമൃദീ ഭൂതങ്ങൾ പ്രപഞ്ചം മുഴുവൻ പഞ്ചഭൂതത്മകം പഞ്ചഭൂതാത്മകമായി ഈ പ്രപഞ്ചം മുഴുവനും ത്വന്മയാനീ എല്ലാം ഭഗവാനെ പഞ്ചഭൂതങ്ങളൊക്കെ ബ്രഹ്മത്തിൽ നിന്ന് അന്യമാണോ എല്ലാം ബ്രഹ്മസ്വരൂപം സർവം ഖലുവിതം ബ്രഹ്മ എല്ലാം ബ്രഹ്മസ്വരൂപം എന്ന് കണ്ട് യമിതമതി ഹീ ഭക്തിയിൽ ആഴ്ത്തി ഭഗവത് ആരാധനയിൽ രുചിപ്പിച്ച് സർവം ഭഗവത് എന്ന് കണ്ട് ഞാൻ നമസ്കരിക്കുമാറാവണം എല്ലാരെയും നമസ്കരിക്കുക ഭഗവത് സ്വരൂപമായിട്ട് കണ്ട് അവസാനം ഉദ്ധവർക്ക് ഭഗവാൻ കൊടുക്കുന്ന ഉപദേശവും അതാണ് പ്രണമേത് ദപത് ഭൂമൗ ആശ്വചണ്ടാള ഗോഖരം പ്രാണികളെയും ജന്തുക്കളെയും എല്ലാത്തിനെയും ഭഗവത് സ്വരൂപമായി കണ്ട് നമസ്കരിക്കൂ എന്ന് ഉദ്ധവർക്ക് അവസാനം അങ്ങനെ ഒരു ഉപദേശം കൊടുത്തു ഭഗവാൻ സർവവസ്തുക്കളും പരമാത്മ സ്വരൂപം അപ്പോ അങ്ങനെ പഞ്ചഭൂതാത്മങ്ങളെയൊക്കെ പഞ്ചഭൂതാ ഭൂതങ്ങളെയൊക്കെ തന്നെ ഭഗവത് സ്വരൂപമായി കണ്ട് നമസ്കരിക്കും ആനമാനി അങ്ങനെ ത്വസേവാം ഹി സിദ്ധിയേത് ഭഗവാനെ സേവ ചെയ്യ സർവ്വഭൂതങ്ങളിലും ഭഗവാനുണ്ടെന്ന് അറിഞ്ഞ് അവനവന് എന്തെന്തു കർമ്മമോ ആ കർമ്മം കൊണ്ട് ഭഗവാനെ പൂജിക്കുക ഇതാണ് സേവ ഭഗവാൻ ഗീതയിലും പറയണ സേവ അവനവന് എന്തെന്തു കർമ്മമോ ആ കർമ്മം കൊണ്ട് ഭഗവാനെ പൂജിക്ക അങ്ങനെ അങ്ങനെ ഭഗവാന് സേവ അവരവർ ചെയ്യുന്ന കർമ്മമേ ഭഗവത് പൂജയായിട്ട് തീരും അതിനർത്ഥം എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇതിനൊന്നും നേരമില്ല ഞങ്ങൾ ഓഫീസ് ജോലി ചെയ്യണം അല്ലെങ്കിൽ അതാണ് ഞങ്ങളുടെ കർമ്മം ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചു പോകും അതിൽ ഈ ഭാവം കൂടിച്ചേർന്നാലേ ആ കർമ്മം പൂജയാവുള്ളൂ അല്ലാതെ കർമ്മം കർമ്മമായിട്ട് നിന്നാൽ ബന്ധിപ്പിക്കും കർമ്മത്തോടൊപ്പം ഇത് ഭഗവതാരാധന ഭഗവാനെ വിട്ടുകളയാതെ അതില് പരിപൂർണ പരിശുദ്ധി നിസ്വാർത്ഥഭാവം ഇതൊക്കെ വന്നു തന്നെ കഴിഞ്ഞാൽ തന്നെ രാഗദ്വേഷം പോയാൽ തന്നെ കർമ്മത്തിന് നമ്മളോടുള്ള പിടി കുറയും അയഞ്ഞുകിട്ടും രാഗദ്വേഷം പോയി ഭഗവാനെ സർവഭൂതങ്ങളിലും കണ്ടുകൊണ്ട് ആരോടും വെറുപ്പില്ല ആരോടും ദ്വേഷമില്ല ആസക്തിയും ഇല്ല അങ്ങനെ രാഗവും ദ്വേഷവും പോയാൽ മനസ്സ് ശാന്തമാവും രാഗദ്വേഷുക്തൈസ്തു വിഷയാൻ ഇന്ദ്രിയൈശ്വരൻ ആത്മവശ്യേർ വിധേയാത്മാ പ്രസാദമധികച്ചൻ വെറുപ്പ് ആസക്തി ഇത് രണ്ടും കൊണ്ടാണോ മനസ്സ് ചലിക്കണത് ഇത് രണ്ടും പോയാൽ മനസ്സ് ശാന്തമാവും ഇത് രണ്ടും എപ്പോ പോകും സർവഭൂതങ്ങളും ഭഗവത് എന്ന് ഉപാസന ചെയ്യണം സാക്ഷാത്കാരം വേറെ ഉപാസന വേറെ സാക്ഷാത്കാരം ഏർപ്പെട്ടുകഴിഞ്ഞാൽ പരിശ്രമമേ വേണ്ട പക്ഷേ സാക്ഷാത്കാരം ഏർപ്പെടുന്നതിന് മുമ്പ് പതുക്കെ പതുക്കെ നമ്മളുടെ ഉള്ളിലുള്ള ഈ വാസന പ്രബലമായ വാസനയെ എടുത്തു കളയണമെങ്കിൽ ഉപാസന ഉപാസന എന്താണ് പതുക്കെ ആരോട് ആസക്തി തോന്നണോ അവരെ ഭഗവത് സ്വരൂപമായി കണ്ട് ഉള്ളുകൊണ്ട് നമസ്കരിക്കുക ആരോട് വെറുപ്പ് തോന്നണോ അവരെയും ഭഗവത് സ്വരൂപമായി കണ്ട് ഉള്ളുകൊണ്ട് നമസ്കരിക്കുക വിദ്യാരണി സ്വാമികൾ വളരെ മനോഹരമായിട്ട് ഇതിനുള്ള ഉപായങ്ങളുമൊക്കെ പറഞ്ഞു ആരോടെങ്കിലും വെറുപ്പ് തോന്നുന്നുവെങ്കിൽ ദൂരത്ത് നിന്ന് അവരെ ഭഗവാൻ എന്ന് നമസ്കരിക്കാം അടുത്തു പോകും തോറും ചിലപ്പോൾ വെറുപ്പ് അധികമാവും അതുകൊണ്ട് ദൂരത്ത് ഭഗവാൻ എന്ന് കണ്ട് നമസ്കരിച്ച് വെറുപ്പ് അകന്നു കഴിഞ്ഞാൽ അടുത്ത് പെരുമാറാം ആസക്തി തോന്നുന്നു അവരെയും ദൂരത്ത് ഭഗവാൻ എന്ന് കണ്ട് നമസ്കരിച്ച് ആസക്തി അകന്നാൽ സ്വതന്ത്രമായിട്ട് പെരുമാറാം അല്ലാതെ ആസക്തി ഉള്ളപ്പോൾ ഭഗവാൻ എന്ന് കരുതി അടുത്തുപോയി അവരെ കൊഞ്ചാനൊന്നും പോണ്ട ആസക്തി ഉള്ളപ്പോ ദൂരത്തു നിന്ന് ആസക്തി അപകടം വെറുപ്പും അപകടം രണ്ടും ഒരേ കോയിന്റെ രണ്ട് സൈഡ് പോലെയാണ് അപ്പൊ രണ്ടും നീങ്ങുന്നതുവരെ ബന്ധപ്പെടാതെ ഭഗവത് ഭജനത്തോടുകൂടെ നിസ്സംഗനായിട്ട് കഴിച്ചു കൂട്ടുക നിസ്സംഗം എന്ന് വെച്ചാൽ എല്ലാ ഉപേക്ഷിച്ച് കാഷായം ഉടുക്കൊന്നും വേണ്ട എവിടെയും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല സർവേശ്വരന്റെ മഹാമായയിൽ നിന്നും സർവേശ്വരന്റെ കൃപയില്ലാതെ രക്ഷപ്പെടാനേ പറ്റില്ല കാഷായം ഉടുത്തത് കൊണ്ടോ ഗുഹയിൽ പോയി ഇരുന്നതുകൊണ്ടോ പ്രത്യേകിച്ച് ഒരിടത്ത് പോയത് കൊണ്ടോ രക്ഷപ്പെടാൻ പറ്റില്ല രക്ഷപ്പെടാൻ എങ്ങനെയാ മാർഗം എന്ന് വെച്ചാൽ രക്ഷപ്പെടാനുള്ള ശ്രമമേ ഉപേക്ഷിച്ചാൽ രക്ഷപ്പെടും എന്നുവെച്ചാൽ ശരണാഗതി എന്നർത്ഥം ശവത്തിനെ എടുത്ത് വെള്ളത്തിലിടുന്നു ശവം മുങ്ങണില്ലല്ലോ ജീവനുള്ള ആൾ മാത്രം എന്തുകൊണ്ട് മുങ്ങണു ശവം രക്ഷപ്പെടാൻ ശ്രമിക്കണില്ല അത് ശരണാഗതി ചെയ്തിട്ടിരിക്കണം അതിന് ജീവിക്ക അത് അതുകൊണ്ട് മുങ്ങണില്ല പക്ഷെ ജീവനുള്ള ആള് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ വിശ്വാസമില്ല ചത്തുപോകും എന്ന് പേടി അതിലേ മുങ്ങിപ്പോകും അപ്പോ ശരണാഗതി ഭാവം വന്നാൽ തന്നെ ഭക്തിയുടെ പരമ എല്ലാം ഈശ്വരന്റെ ഇച്ഛ ഈശ്വരന്റെ ഇച്ഛയ്ക്ക് വഴങ്ങിക്കൊടുത്ത് ജീവിക്കുന്നു സുഖം വരുന്നു ഈശ്വരന്റെ ഇച്ഛ ദുഃഖം വരുന്നു ഈശ്വരന്റെ ഇച്ഛ ഒന്നിലും യാതൊരു വിധത്തിലും തടസ്സമില്ല അങ്ങനെയാണെങ്കിൽ തത്വ തത് സേവായാം ഹിസി മമതവ കൃപയാ ഭക്തിദാർഢ്യം ഭക്തിയിൽ ദാർഢ്യം ഉണ്ടാവും ക്രമേണ ഭക്തി ദാർഡ്യം ഉണ്ടാവും തത്തത്വസ്യ അവബോധോമീ ആത്മതത്വബോധവും ഉണ്ടാവും മനസ്സിൽ ഉള്ള വാസനകൾ ക്ഷയിക്കും തോറും രാഗദ്വേഷങ്ങൾ നീങ്ങും തോറും ഉള്ളില് ബോധം തെളിഞ്ഞു തെളിഞ്ഞ് തെളിഞ്ഞു തെളിഞ്ഞു വരും മേഘം നീങ്ങുമ്പോൾ ആകാശം തെളിയുന്ന പോലെ ഉള്ളിലുള്ള രാഗദ്വേഷമയമായ വികാരങ്ങൾ മുഴുവൻ നീങ്ങുമ്പോൾ ഉള്ളിലുള്ള നിശ്ചലമായ ബോധം തെളിഞ്ഞു തെളിഞ്ഞു വരും ശാന്തിയെ എവിടെയും അന്വേഷിക്കേണ്ട ശാന്തി നമ്മളുടെ സ്വരൂപം ശാന്തി ആത്മാവിന്റെ സ്വരൂപം ആ ശാന്തിയെ ചിത്തവൃത്തികൾ മറച്ചുകൊണ്ടിരിക്കുന്നു ചിത്തവൃത്തികൾ അല്പമൊന്ന് ശമിച്ചാൽ ശാന്തി വരും മനസമാധാനം എന്ന് പറയുന്നത് തെറ്റായ വാക്കാണ് പീസ് ഓഫ് മൈൻഡ് സമാധാനം ഉള്ളിടത്ത് മനസ്സില്ല മനസ്സുള്ളടത്ത് സമാധാനം ഇല്ല വെച്ചാൽ ചിത്തവൃത്തികൾ ചിത്തവൃത്തികള് കുറയുന്തോറും ശാന്തി അധികമായി കൊണ്ടേയിരിക്കും ചിത്തവൃത്തികൾ പരിപൂർണമായി അടങ്ങിയാൽ എന്ന് വച്ചാൽ ചിത്തവൃത്തികളുമായിട്ടുള്ള സംഘം അകന്നാൽ തന്നെ ശാന്തി ശാന്തിയെ ഈശ്വര സ്വരൂപം അതാണ് ഈ സന്ദർഭം മുഴുവൻ ഈ കവി എന്നുള്ള യോഗീശ്വരൻ വർണ്ണിച്ചിട്ട് ഭക്തിയുടെ പരമകാഷ്ടയെ പറഞ്ഞു തഥാന്തി മുപൈത്തി സാക്ഷാത് ഈ നാമസങ്കീർത്തനം ജപം ഭജന അനേക ഭാവങ്ങൾ എല്ലാ ഭാവങ്ങളിലും മനസ്സുണ്ട് എവിടെയെങ്കിലും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതിലും മനസ്സുണ്ട് സകല ഭാവങ്ങളും അടങ്ങുന്ന രസരാജനാണ് ശാന്തി ശാന്തമായ ഭക്തി ഉണ്ടല്ലോ അതിലെല്ലാ ഭക്തിയും അടക്കം സമുദ്രം ഏറ്റവും ആഴമുള്ള അടുത്ത് നിശ്ചലമായിട്ട് നിൽക്കും ശാന്തമായിട്ട് നിൽക്കും അലയടിക്കുമ്പോൾ ആഴം കുറഞ്ഞാൽ അലയടിക്കും അലയടിക്കുന്നതൊക്കെ അവസാനം അടങ്ങണം പൊന്തി അവസാനം അടങ്ങണം സകല അസ്തമിക്കും ആർക്കും ഒരു കാലത്തും എപ്പോഴും വികാരത്തിന്റെ തലത്തിൽ നിൽക്കാൻ പറ്റില്ലേ വികാരങ്ങളൊന്നും തന്നെ ശാശ്വതമല്ല വരുന്ന വികാരങ്ങൾക്കൊക്കെ പുറകില് ഡിപ്രഷൻ ഉണ്ടാവും എത്ര വലിയ വികാരം വന്നാലും അതിനു പുറകിൽ ഒരു വിപരീതഭാവം റിയാക്ഷൻ ഉണ്ടാവും ഈ വികാരങ്ങളൊക്കെ വന്നു പോയി അവസാനം വാസനകളൊക്കെ ക്ഷയിച്ചടങ്ങി ശാന്തമായ ഭക്തി ശാന്തമായ ഭക്തി എന്ന് വെച്ചാൽ യാതൊരു കംപ്ലയിന്റ് ഇല്ല ഭഗവത്ഗീതയിൽ ഭക്തിയുടെ ലക്ഷണങ്ങൾ നോക്കാം ശാന്തഭക്തിയാണ് ഒരാളോടും ഒരു കംപ്ലൈന്റും ഇല്ല ഒന്നും ആഗ്രഹിക്കുന്നില്ല ഭഗവാൻ ഉദ്ധവരോട് പറയുന്നു ഉദ്ധവാ ആരോടും ഒന്നും ചോദിക്കാതെ ഒന്നും ആഗ്രഹിക്കാതെ സർവഭൂത സുഹൃത്തായി സർവപ്രാണികളോടും ആത്മാവിനെ കണ്ടുകൊണ്ട് ഏതൊരു ഭക്തൻ സഞ്ചരിക്കുന്നുവോ നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശിനം സർവചരാചരങ്ങളെയും ആത്മസ്വരൂപമായി കണ്ടുകൊണ്ട് ഏതൊരു ഭക്തൻ സഞ്ചരിക്കും അയാളുടെ പുറകെ ഞാൻ നടക്കും എന്തിനാ ഭഗവാനെ നടക്കണതെന്ന് വെച്ചാൽ ഭഗവാൻ പറയണത് അവന്റെ പാദസ്പർശമേറ്റ മണ്ണ് എന്റെ മേലെയും അല്പമൊന്ന് സ്പർശിച്ചിട്ട് എന്നെ പരിശുദ്ധമാക്കാൻ പൂയേ തി പൂയേയേത്തി അങ്ഘ്രിരേണുഭിഹി ആ പാതരേണു കൊണ്ട് എന്നെ ശുദ്ധമാക്കാൻ അപ്പൊ ശാന്തഭക്തി ശാന്തഭാവം അടക്കം സമാധാനം ആ ശാന്തി ഏർപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതമേ അമൃതമായിട്ട് തോന്നും അതാണ് മനഃപ്രസാദം അതാണ് ഭഗവാൻ മനഃപ്രസാദം എന്ന് സ്ഥിതപ്രജ്ഞലക്ഷണത്തിൽ പറഞ്ഞത് പ്രസാദം അധികഛതി പ്രസാദേ സർവദുഖാനം ഹാനിരസ്യോപചായതെ ആ പ്രസാദത്തിനെയാണ് ഇവിടെ പരാം ശാന്തി എന്ന് പറഞ്ഞത് പരാശാന്തി പരമമായ ശാന്തി എന്ന് പറഞ്ഞു ആ പരമമായ ശാന്തി ഏർപ്പെട്ടാൽ അതിൽ തെളിച്ചമുണ്ട് ആത്മാനുഭവമുണ്ട് പ്രേമമുണ്ട് കാരുണ്യമുണ്ട് സർവഭൂത സമദർശിത്വമുണ്ട് അഹങ്കാര അഭാവമുണ്ട് ദ്വൈതത്തിന്റെ അഭാവമുണ്ട് പരിപൂർണമായ ഏകത്വാനുഭവമുണ്ട് എപ്പോഴും നിറവുണ്ട് എന്തൊക്കെ വന്നാലും തുളുമ്പില്ല ആപൂര്യമാണം അചലപ്രതിഷ്ഠം സമുദ്രമാപ്രവിശന്യദ് തദ്വത് കാമായും പ്രവിശന്തി സർവേ സിം ആപ്പുനോതി ന കാമകാമി എത്ര നദികൾ ചെന്ന് വീണാലും സമുദ്രം തുളുമ്പില്ല എത്ര വേനൽ വന്നാലും സമുദ്രം വറ്റില്ല അതുപോലെ ഈ ശാന്തിയുടെ രഹസ്യമായ ഉറവിടം കണ്ടെത്തിയവൻ ശാന്തിയെ പുറത്ത് കണ്ടെത്തിയല്ല സ്വരൂപത്തിൽ നേടിയ ശാന്തിയല്ല ഉള്ള ശാന്തി ഇതാണ് വ്യക്തമായിട്ട് അറിയേണ്ടത് നേടിയ ശാന്തിയൊക്കെ പോകും എന്തെങ്കിലും പാട്ട് പാടിയിട്ട് നേടിയാൽ പാട്ട് കഴിഞ്ഞാൽ പോകും ജപം ചെയ്യണത് തൽക്കാലമാണ് ജപം ചെയ്യണത് സാധനയാണ് ജപം ചെയ്തിട്ട് നേടുന്ന ശാന്തിയാണെങ്കിൽ ജപം കഴിഞ്ഞാൽ പോകും സത്സംഗത്തിൽ കിട്ടുന്ന ശാന്തി പലരും പറയും സപ്താഹം കഴിയുമ്പോൾ തുടങ്ങുമ്പോൾ ആനന്ദം കഴിയുംതോറും ദുഃഖം കഴിഞ്ഞാൽ കഴിഞ്ഞു പോയി ദുഃഖം അപ്പൊ ഈ വരണതൊക്കെ പോകും അപ്പൊ ഇതൊക്കെ കൊണ്ട് ഈ സത്സംഗത്തിന്റെയൊക്കെ പരമപ്രയോജനം എന്താണെന്ന് വെച്ചാൽ സത്സംഗം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരെങ്കിലും സഹായത്തിനുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തു പുറമേക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനിയിപ്പോ ഒന്നും പുതിയതായിട്ട് നമ്മൾക്ക് ചോദിപ്പിക്കാൻ ഒന്നുമില്ലെങ്കിലും തനിച്ചിരിക്കുകയാണെങ്കിലും യാതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണെങ്കിൽ പോലും മനസ്സിന്റെ ശാന്തി ചലിക്കാതിരിക്കുകയാണെങ്കിൽ ബ്രാഹ്മീ സ്ഥിതി ഇതാണ് ഭഗവാൻ ഗീതയില് ബ്രാഹ്മീ സ്ഥിതി എന്ന് പറഞ്ഞത് അതായത് നല്ല ശാന്തി ഒന്നും കുഴപ്പമില്ല ഇതിലെത്തിയാൽ ഇനി മരണമൊന്നും പ്രശ്നമേ അല്ല മഹാവ്യാധികൾ പ്രശ്നമല്ല മരണമെടുത്തു വന്നാൽ ശരി ശരീരത്തിന് വേദനയുണ്ടെങ്കിൽ ശരി എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ശരി നമുക്കിനിപ്പോ ആളുകൾ വേണമെന്നോ സത്സംഗം വേണമെന്നോ പോലും ഇല്ല ആളുകൾ ആരുടെങ്കിലും വർത്തമാനം പറയണമെന്നോ പുറമേ നിന്ന് ആരെങ്കിലും നമുക്കൊന്ന് സന്തോഷിപ്പിക്കാൻ വേണമെന്നോ പാട്ടുപാടണമെന്നോ എന്തെങ്കിലും ഒന്നുമില്ല ഇനി എന്തൊക്കെ ഉണ്ടോ ഒക്കെ സന്തോഷം സത്സംഗം കിട്ടിയോ അപ്പോഴും സന്തോഷം പുസ്തകം വായിക്കുകയാണെങ്കിൽ അപ്പോഴും സന്തോഷം പുസ്തകം വായിച്ചിട്ടില്ലെങ്കിലും സന്തോഷം എന്തൊക്കെയാണെങ്കിലും സന്തോഷം ഈ സന്തോഷത്തിന് ഏറ്റക്കുറവില്ല എപ്പോഴും പൂർണ്ണം ആ പൂർണത്വം നഷ്ടപ്പെടാത്ത പൂർണത്വം ശാന്തി ശാന്തി ശാന്തി അതാണ് പരാം ശാന്തി അത് ഉണ്ടാക്കിയതല്ല മനസ്സിനെ അല്പമൊന്നു മാറ്റി നോക്കിയാൽ നമ്മളുടെ ഉള്ളിൽ അതുണ്ട് മനസ്സുകൊണ്ട് എന്തെങ്കിലും നേടിയതല്ല ഇത് മനസ്സ് അല്പമൊന്നു വഴിമാറി നിന്നാൽ ഇതിനെ കാണാം അവിടെയുണ്ടത് എല്ലരുടെ ഉള്ളിലും ഇപ്പോ ഇവിടണ്ട് നേടിയെടുക്കല്ല നേടിയെടുക്കും എന്ന് വേണ്ട ഇപ്പോ നമ്മളുടെ ഉള്ളിൽ ഇവിടെ ഉണ്ട് സത്സംഗത്തിൽ ഒരു ശാന്തി കിട്ടിയെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞത് കൊണ്ട് കിട്ടിയതല്ല കുറച്ചുനേരം ചിത്തവൃത്തി ഒന്ന് മാറി നിന്നപ്പോ നമ്മളുടെ ഉള്ളിലുള്ളതിനെ നമ്മൾ ഓരോരുത്തരും കാണും അതറിയണം നമ്മളുടെ ഉള്ളിൽ ഉണ്ട് എന്നറിയണം ഇപ്പോഴേ ഉണ്ട് എന്നറിയണം ഒരു സാധന കൊണ്ടും നേടിയെടുക്കേണ്ടതല്ല എന്നറിയണം എന്നിട്ട് അതിനെ മറക്കാതെ പിടിച്ചോളൂ മരക്കാതെ പിടിച്ചാൽ കർമ്മം കൊണ്ട് നേടിയെടുക്കണതൊക്കെ കർമ്മത്തിന്റെ ഏറ്റക്കുറവിനനുസരിച്ച് നഷ്ടപോകും നഷ്ടപ്പെട്ടു പോകും സിദ്ധമായ വസ്തു നഷ്ടപ്പെട്ടു പോകുകയേയില്ല സിദ്ധമായ വസ്തു ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല കാരണം അത് പൂർണം അത് നമ്മൾ ചെയ്തിട്ട് വന്നതല്ല അതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് പോകുക നിറയെ നമ്മൾ ചെയ്തിട്ട് വരുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പോകും ഇത് നമ്മൾ ചെയ്തത് കൊണ്ട് വന്നതല്ല എന്തെങ്കിലും ഒരു കർമ്മപ്രവർത്തി കൊണ്ട് കിട്ടിയതല്ല അതുകൊണ്ട് കർമ്മപ്രവർത്തിയുടെ കുറവ് കൊണ്ട് അത് പോവില്ല അപ്പൊ ഇനിയിപ്പോ ഒരു കാലത്ത് ഭീഷ്മരെ പോലെ അമ്പിന്റെ കട്ടിലേക്ക് കിടക്കേണ്ടി വന്നാൽ പോലും ഒന്നും പൂജയോ ജപമോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ആത്മനിവേദനം ചെയ്ത ആൾക്ക് ഇത് നഷ്ടപ്പെടുകയാണ് നഷ്ടപ്പെടുകയേ ഇല്ല അല്ലാതെ ജീവിതത്തെ കുറെ ഈശ്വര ചെയ്തിട്ട് നമുക്ക് അവസാനം നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിയിൽ വരാൻ പാടില്ലെങ്കിൽ ീ ശാന്തിയെ എല്ലാത്തിനും ആശ്രയമായി പിടിച്ചോളും ശാന്തിയിലാണ് സൃഷ്ടി നടക്കുന്നത് ശാന്തിയിലാണ് എല്ലാ ഭക്തിയുടെ ഭാവേശങ്ങളും വന്നടങ്ങണത് അതാണ് നൈർഗുണ്യസ്ഥേസ്മിൻ ഗുണാനുഗഥനേ ഹരേഹ് എന്ന് പറയാൻ കാരണം ശ്രീശുഖബ്രഹ്മ മഹർഷി ഈ ശാന്തിയെ കണ്ടെത്തി ശാന്തിയാണ് നിർഗുണ സ്വഭാവം അതായത് അതിൽ സത്വവും ഇല്ല ഗുണ തപസുമില്ല എന്നിട്ട് ആ ശാന്തിയുടെ അധിഷ്ഠാനത്തിൽ നിന്നുകൊണ്ട് സത്വഗുണപ്രധാനമായ ഭക്തി സാധനയിൽ രമിക്കുമ്പോ എന്തൊക്കെ തന്നെ വന്നിട്ട് പോയാലും മേപ്പെട്ടു പോയാൽ ചുവട്ടിലേക്ക് പോകില്ല ഈ ശാന്തിയിലേ വന്നു നിൽക്കും എങ്ങനെയൊക്കെ പോയാൽ ഈ ശാന്തിയുടെ അധിഷ്ഠാനത്തിലേ വന്നു നിൽക്കും ഇനി അത് നഷ്ടപ്പെടാൻ സാധ്യമല്ല അപ്പൊ ഒരിക്കലും നഷ്ടപ്പെടാത്തതായ എന്തൊക്കെ തന്നെ വന്നാലും നഷ്ടപ്പെടാത്തതായ ആ ശാന്തിയെ നമ്മളുടെ ഉള്ളിൽ കണ്ടെത്തണം അങ്ങനെ കണ്ടത്യാൽ നോ മുഹ്യൻ ശുത്രിടാദ്യൈസി ത്വന്നിലീന ആയ ആശയുവാദത്തെമിഷവമി ത്വദ്രകമ്പാനിഷ്ടു തുി വ്യസന വിരഹതോ മായകോധാ ജ്യോത്സ്നാഭന്നിന്ദോ അധിക ശിശിരി ആത്മനഞ്ചരേയം നോമുഹ്യൻ സരണി ഭവ സംസാരത്തിൽ വിശപ്പ് ദാഹം സുഖം ദുഃഖം നല്ലത് ചീത്ത വേദന സൗഖ്യം ഇതൊക്കെ വന്നുകൊണ്ടേയിരിക്കും അതൊക്കെ വരുമ്പോഴും ത്വന്നിലീന ആശയത്വാത് ത്വന്നിലീന ആശയം എന്ന് വെച്ചാൽ എന്താ അർത്ഥം ഇതൊക്കെ ശരീരത്തിന് സുഖം വരുന്നു ശരീരത്തിന് ദുഃഖം വരുന്നു മനസ്സ് സുഖ ദുഃഖങ്ങളെ ചിന്തിക്കുന്നു പക്ഷെ ഞാൻ ഇതുകൊണ്ടൊന്നും ബാധിക്കപ്പെടാതെ അധിഷ്ഠാനമായിട്ട് നിൽക്കുന്നു ആ വസ്തു മാത്രം സത്യം ബാക്കിയൊക്കെ വെറും ഒരല അഖണ്ഡമായ ആത്മാനുഭവ സമുദ്രത്തിൽ ഒരല ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടാനിഷ്ടേഷു തുഷ്ടിവ്യസന വിരഹിത ഇഷ്ടമായിട്ടുള്ളത് എന്തെങ്കിലും നടന്നാൽ അതിൽ തുഷ്ടിയുമില്ല അനിഷ്ടം നടന്നാൽ വ്യസനവുമില്ല ഇത് രണ്ടുമില്ല അതൊക്കെ ശരീരത്തിന് ഇഷ്ടമുള്ളത് നടക്കും ഇഷ്ടമില്ലാത്തത് നടക്കും എന്തൊക്കെ നടന്നാലും ഇത് മായികത്വാ ഇതൊക്കെ മായ മായ എന്ന് വെച്ചാൽ എന്താ അർത്ഥം പോലെ പോകും എന്നർത്ഥം അതാണ് മായ അതെങ്ങനെ വരണോ അതേപോലെ പോകും പക്ഷെ നമ്മൾ അതിന്റെ കൂടെ പോകരുത് നമ്മൾ ഇരിക്കേണ്ട ഇരിക്കണം വരണതൊക്കെ വരട്ടെ പോകണതൊക്കെ പോകട്ടെ അങ്ങനെ സത്യം കണ്ടെത്തിയാൽ ഒരിക്കലും വിട്ടുപിരിയാതെ താൻ ആത്മാവാണെന്നുള്ളത് ഓർത്തുകൊണ്ടേയിരുന്നാൽ മനസ്സ് ചലിക്കട്ടെ എന്നാലും ഞാൻ ആത്മാവാണ് ശരീരം എന്തൊക്കെ പ്രവർത്തിക്കട്ടെ ഞാൻ ആത്മാവാണ് ശരീരത്തിന് വേദനയോ സുഖമോ ഉണ്ടാവട്ടെ ഇതുകൊണ്ട് ബാധിക്കപ്പെടാതെ ആ സാക്ഷാത്കാരം ഉണ്ടായിട്ടില്ലെങ്കിലും ആദ്യം ഇങ്ങനെ പറഞ്ഞുകൊടുക്കാം ശരീരത്തിന് വേദനയേർപ്പെടുമ്പോൾ ശരീരത്തിനാണ് വേദന ഞാൻ ആത്മാവാണ് ഇത് ആദ്യം ഒരു സാധനയായിട്ട് ക്രമേണ ഇത് സിദ്ധിയായിട്ട് മാറും ക്രമേണ ഇത് ദർശനമായിട്ട് മാറും വേദന താനല്ല വേദന തനിക്കല്ല വേദന തനിക്ക് വേണ്ടിയല്ല എന്നറിയും ശരീരം ഞാനല്ല ശരീരം എനിക്ക് വേണ്ടിയല്ല ശരീരം എന്റേതല്ല ശരീരം പ്രകൃതിയുടെ ഒരു അംശം ഉപാധികളൊന്നിലും നമുക്ക് യാതൊരു വിധത്തിലും അധികാരമില്ല ഉപാധികളൊക്കെ പ്രകൃതിയുടെ ഇഷ്ടപ്പെടി ജനിക്കണു വളരണു പ്രകൃതിയുടെ ഇഷ്ടപ്പെടി മരിക്കണു നമ്മളോട് ചോദിച്ചിട്ടാണോ ജനിച്ചത് അല്ല നമുക്കറിയോ നമ്മളുടെ ശരീരം എന്തെങ്കിലും ആർക്കെങ്കിലും അറിയോ നമുക്ക് ഈ ശരീരം എപ്പോൾ മരിക്കാൻ പോകണമെന്നോ കൃത്യസമയം ഈ ശരീരത്തിന് എന്തൊക്കെ സുഖ ദുഃഖങ്ങൾ വരാൻ പോകണോ എന്ന് വല്ലത് പറയോ എന്നിട്ട് വെറുതെ നമ്മളുടെ നമ്മളുടേന്ന് പറഞ്ഞിട്ട് കാര്യം നമ്മളുടെ നമ്മളുടെ നിന്ന് പറയണമെന്നല്ലാതെ ഈ ശരീരത്തിൽ ഒന്നിനെ കുറിച്ചും ഇതിന്റെ ഉള്ളിൽ നടക്കണ പ്രവർത്തനം നമ്മളുടെ വീട് നമ്മളുടെ വീട് അടുക്കളയിൽ എന്താ നടക്കണമെന്ന് അറിയില്ല എന്റെ വീട് എന്റെ വീട് പറയുമോ വീട്ടിൽ കയറാൻ നമുക്ക് സ്വാതന്ത്ര്യവുമില്ല അങ്ങനെയാണെങ്കിൽ എന്റെ വീട് പറഞ്ഞിട്ട് എന്ത് കാര്യം അതേപോലെ എന്റെ ശരീരം എന്ന് പറയണു ശരീരത്തിന്റെ ഉള്ളിൽ എന്ത് നടക്കണമെന്ന് ഒന്നും കൂടിയിട്ട് എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് കണ്ടുപിടിച്ചാലും ഒരു ലിമിറ്റിന് മേലെ പോവാൻ പറ്റണില്ല അപ്പൊ അതിനോടുള്ള മമത ജ്ഞാനം കൊണ്ട് നീക്കുക ഉപേക്ഷിക്കാൻ ആർക്കും പറ്റില്ല ശരീരത്തിന് ഉപേക്ഷിക്കാനും പറ്റില്ല ശരീരത്തിന് വേണ്ടാന്ന് വെക്കാനും പറ്റില്ല അതിന് വേണ്ടത് കൊടുക്കാതിരിക്കാനും പറ്റില്ല ഒക്കെ ചെയ്യണം അതൊക്കെ പ്രകൃതി അത് ഭഗവാനെ അർപ്പിക്കുക ഭഗവാന്റെ വസ്തു ഭഗവാന് കൊടുക്കുക നമ്മളുടേന്ന് ധരിച്ചാൽ ദുഃഖമാണ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഭഗവാനെ അർപ്പിച്ചിട്ട് സ്വസ്ഥമായിട്ടിരുന്നാൽ ഒന്നിൽ ആത്മാവാണെന്ന് അറിഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കുക അല്ലെങ്കിൽ ഭഗവാൻ അർപ്പിച്ചിട്ട് സ്വസ്ഥമായിട്ടിരിക്കുക രണ്ടും ഒന്ന് തന്നെ രണ്ടും ഒന്ന് തന്നെ ഭഗവാൻ അർപ്പിച്ചിട്ട് സ്വസ്ഥമായിട്ടിരുന്നാൽ സർവഭൂതങ്ങളെയും ഭഗവത് സ്വരൂപമായിട്ട് കാണാം നമ്മളെ എങ്ങനെ ആ സർവേശ്വരൻ നിയന്ത്രിക്കണു അതുപോലെ സർവഭൂതങ്ങളെയും ഭഗവാൻ നിയന്ത്രിക്കണു എന്നുള്ളത് കാണാം അങ്ങനെ സർവഭൂതങ്ങളിലും ആ ഒരു ഭഗവാനെ കാണുന്നു അവൻ ഭാഗവത ഉത്തമൻ ഒരു അർച്ചനാവിഗ്രഹത്തിൽ മാത്രം ആര് ഭഗവാനെ കാണുന്നു അവൻ പ്രാകൃത ഭക്തൻ പ്രാകൃത ഭക്തന് അമ്പലത്തിലോ പൂജിക്കുന്ന സ്ഥലത്തോ മാത്രം ഭഗവാൻ മധ്യമ ഭക്തന് ഭഗവാനോട് ഭക്തി ഭഗവത് ഭക്തന്മാരോട് മൈത്രിഭാവം ഭക്തിയില്ലാത്തവരോട് കാരുണ്യം അവർക്കും ഭക്തിവർ ദ്വേഷികളോട് ഉപേക്ഷാഭാവം ഇതാണ് മധ്യമ ഭക്തി ഉത്തമഭക്തിയോ സർവഭൂതങ്ങളിലും ഭഗവാനെ ഹരിയെ കാണുന്നു സർവഭൂതങ്ങളും ഭഗവത് സ്വരൂപം എന്ന് കാണുന്നു അങ്ങനെ ഉത്തമ ഭക്തിയിലേക്ക് ഓരോരുത്തരും എത്തിച്ചേരണം അതിന് ഒരു ആചാര്യനെ സമീപിക്കണം ലോകത്തില് കാണുന്നതൊക്കെ ദുഃഖമാണ് ആത്മാവല്ലാത്ത വസ്തുക്കളൊക്കെ ദുഃഖിപ്പിക്കുന്നു എന്ന് കണ്ടറിഞ്ഞ് ആത്മാവിനെ അറിയാനായി ആചാര്യന്റെ അടുത്ത് സ്വരൂപജ്ഞാനത്തിനെ കുറിച്ച് ചോദിച്ചറിയണം ഭഗവത് ഭക്തിയെ അഭ്യസിക്കണം അങ്ങനെ ക്രമേണ ആചാര്യ കൃപ കൊണ്ട് ഭഗവത് ഭക്തി പുഷ്ടിപ്പെട്ടു വന്ന് മനസ്സടങ്ങി സംസാരം മായ മാറിക്കിട്ടും മായയുടെ തിരശീല മാറിക്കിട്ടും അപ്പൊ പരമസത്യം പകൽ വെളിച്ചം പോലെ പ്രകാശിക്കും അതിനൊരു പൂർവ്വരംഗമായിട്ട് ഗുരുവായൂരപ്പായ ശരീരത്തിന്റെ വേദനയൊന്നും മാറ്റവും തസ്യായും പൂർവ്വരംഗ പവനപുരപതേ നാശയ അശേഷ രോഗാണ് രോഗമെന്താ ശരീരത്തിന്റെ രോഗം മാത്രമല്ല മാനസികമായ രോഗങ്ങളൊക്കെ ഉണ്ട് അനേക വ്യാധികൾ ഉള്ളിലുണ്ട് കാമം ക്രോധം ലോപം മോഹം മതം ആത്സര്യം ഈ വ്യാധികളൊക്കെ മാറ്റിയാൽ സ്വരൂപജ്ഞാനമുണ്ടാവും ജീവന് അതാണ് തൊണ്ണൂറ്റിയൊന്നാമത്തെ ദശകം ബാക്കിയുള്ളത് നമ്മൾ നാളെ കാണാം നാളെ ഒമ്പത് മണിക്ക് തുടങ്ങും നാളെ ഉച്ചയോടുകൂടെ മധ്യാത്തോടുകൂടെ സപ്താഹം പൂർത്തിയാവും ഈ ഏഴു ദിവസമായിട്ട് ഇത്രയും ശ്രദ്ധയോടുകൂടെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഗുരുവായൂരപ്പൻ പരിപൂർണമായി ഭക്തി തന്നെ അനുഗ്രഹിക്കട്ടെ ആളെയും കൂടെ നമുക്ക് ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിക്കുന്ന ഉദ്ധവഗീത തൊണ്ണൂറ്റിയൊന്നു മുതലുള്ള ദശകം ഭാഗവതത്തിന്റെ ഏകാദശത്തിന്റെ സംഗ്രഹം ഏകാദശത്തിനെ ഭഗവാൻ തന്നെ ശുഭബ്രഹ്മഹർഷി വിശേഷിപ്പിച്ചത് ആനന്ദ സമുദ്രം എന്നാണ് ആനന്ദ സമുദ്ര സംഭൃതം ജ്ഞാനാമൃതം ഭാഗവതായ ഭാഷിതം അത് നോക്കാൻ നമുക്ക് അത്ര കണ്ട് സമയം പോരാ എങ്കിലും കിട്ടുന്ന സമയം നമുക്ക് നോക്കാം ോവിന്ദമ സങ്കീർത്തന സത്യം ജാനമനന്ത നിമകാങ്കണരിലോലമന സം പരമായാൽപ്പം ഭ ശ്വാമാനമനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദ ഭജ ഗോവിന്ദം പരമാനന്ദ ോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദോപീമോഷ്ടീഭേദേസ്തമഭേദം ശോരനിർൂതധൂളീധൂസരസൗഭാഗ്യം ശ്രദ്ധാഭ ചിന്യ ചിന്തിസഭാവം ചിന്മണിമോവിന്ദ പരമാനന്ദോവിന്ദ പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദം പരമാനന്ദകുലയോഷി വസ്ത്രമുദാഗമുാരൂഢം വ്യതിസം തീരുപാകർഷ നിർദൂതയശോകവിമോഹം ബുദ്ധം ബുദ്ധേരന്തസ്തം സത്ര ശരീരം പ്രണമത ഗോവിന്ദം പരമാനന്ദോവിന്ദ പരമാനന്ദം ഭജോവിന്ദ പരമാനന്ദം ഗോവിന്ദം പരമാനന്ദ ഭജ ഗോവിന്ദം പരമാനന്ദവേദിന്ത ഗോചരം തമ ഗോചരം ോവിന്ദ പരമാനന്ദം സദ്ഗുരുണതം സേ പിനഃസന്തുേ സമയാേ ഭദ്രാണി പശ്യൻ മാ കിഖഭ്ഭവ് സർവാണി ഭൂത സൗഖ്യം സർവാണി ഭൂത ശാന് സർവാണി ഭൂതായ ൂർണമാനന്ദമുശ്രയ കനസേന്ദ്രിർവാ ബുദ്ധ്യാത്മന കയത് സകലംബരസ്മൈ सर्वत्र സർ ഗോവിന്ദനീർത്തനം